സപ്രഭാഷഗ് <Sessantimus> നമുക്ക <Sessantimus> <Sessantimus> ക്ഷിണമം വ്യക്തംവിഷ്യച്ഛാതീതം തദപ്യോങ്കേവ ചുഷജിതസ്ഥാനോഹി പ്രജ്ഞസോനവിശതിമുഖസ്തു വൈശ്വാനര പ്രഥമ പദ സ്വപ്നസ്ഥാനോ പ്രജ്ഞ സപ്തോനവിശനിമുഖ പ്രമുത്തഭീയ സപ്തോ നമം കാമയ കഷ്യതി ഷുക്തസ്ഥീഭൂത പ്രാനഘന എവാദമയൂഹ്യനന്ദഭു ചേോമുഖപ്രാസ്തൃതീയവാദ ുഹി ഭൂത നന്ദം നം നോ ഭേദ പ്രജ്ഞം ന പ്രാനധനം ന പ്രം ന പ്രം അദൃശ്യം അവ്യവഹാരം അഗ്രാഹ്യം അലക്ഷണം അചിന്യം അവ്യപദേശം ഏകാഗ്രസാരം പ്രപഞ്ചോപം ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം മഞ്ഞന് സാത്മാ സവിജ്ഞേയ तेज चरण ओंकारोसि मात्रम पादा मात्रम मात्रश्च पादा उकारो उकारो मकारई हि जोकडे स्थानो विश्वानरो उकारो प्रथमा मात्रा ओमते आदिमत्वद्व കാൻ ആ സ്വപ്നസ്ഥാനോ ദ്ധീയമാത്ര ഉഭയവാൻ വേഹ വൈ ജ്ഞാനസതി സമാനശോധി സാബ്രഹ്മലേ ഭൂരി സാധനാ മകാരൃതീയമാത്രമേരീതിർവാ മനോദി ഇതം മാത്രോഹ പ്രപഞ്ചോ വശമ ശിവോ അദ്വൈതോ ആദ്വ സംവിശതി ആത്മന ആത്മാനം യം വേദ ടുത്ത് ഏതാണ് എത്ര ഇരുപത് ബീജാംഗുരാഖ്യോ ദൃഷ്ടാന്ത സദാ സാധ്യസമൂഹി സഹി സാധ്യസമൂഹേതു സാധ്യത്ത് വിജയത്തെ ഇവിടെ പറഞ്ഞു ഹേതുഫലങ്ങൾക്ക് കാര്യകാരണ ഭാവം പറഞ്ഞ് അത് ഞങ്ങൾ പറഞ്ഞ കാര്യകാരണഭാവത്തെ മനസ്സിലാക്കാതെ ചലമായിട്ട് വഞ്ചനാത്മകമായിട്ട് ഞങ്ങളതിന് സമാനം പറഞ്ഞു അത് ശരിയല്ല ബീജാങ്കുരത്തെ പോലെ ഇവിടെ കാര്യകാരണഭാവത്തെ എന്ന് പറഞ്ഞു അതിന് സമാനം പറയണോ അത്ര ഉച്ചതേ ബീജാങ്കുരാഖ്യോ ദൃഷ്ടാന്തോ യെസ് സ്വാധീനത്തില്യോ മമൈത്യ അഭിപ്രായ ഇങ്ങനെ സമാനം പറയണം കാരണം ഇവിടെ സൃഷ്ടിയെ സംബന്ധിച്ച് സംശയം വരുന്നത് ഇതാണ് വൃക്ഷത്തിൽ നിന്ന് ബീജം ബീജത്തിൽ നിന്ന് വൃക്ഷം ഇതാണ് സൃഷ്ടിയെക്കുറിച്ച് പറയുന്നത് കണ്ടുവരുന്നു അങ്ങനെയാണ് അപ്പോൾ ഇതെവിടെ നിന്ന് ആരംഭിക്കുന്നു ആരംഭിക്കുന്നതിന് പ്രത്യേകിച്ചൊരു സ്ഥലം പറയാൻ കഴിയാത്തതുകൊണ്ട് പറയുന്നു പ്രസാനം അത് അനാദിയാണ് നിത്യമാണ് അതിൽ നിന്നിങ്ങനെ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞു ബീജാങ്കുര കാര്യകാരണഭാവോ അഭ്യമിത ബീജാങ്കുര ദൃഷ്ടാന്തത്തിലൂടെ ബീജവും അങ്കുരം അതിൽ നിന്നുണ്ടാകുന്ന വിഷം ഇതുപോലെ കാര്യകാരണഭാവത്തെ സ്വീകരിക്കുന്നുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഉദാഹരണം മാത്രമാണ് പ്രപഞ്ചത്തെ മൊത്തമായിട്ടെടുത്തിട്ടാണ് ചിന്തിക്കുന്നത് അതിനും ഈ പ്രപഞ്ച കാരണമായിരിക്കുന്ന പ്രകൃതി ആ പ്രകൃതിയിൽ നിന്ന് പരിണമിച്ച ഈ പ്രപഞ്ചം അതാണ് ഇവിടുത്തെ ചിന്താവിഷയം അതിനൊരു ഉദാഹരണമായിട്ടാണ് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ തന്നെ ഉൾപ്പെട്ടിരിക്കുന്ന ഈ ബീജാങ്കുരങ്ങളെപ്പോലെ സൃഷ്ടി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പറയുന്ന ഈ വെച്ചുകൊണ്ട് ഈ സൃഷ്ടിയെ മനസ്സിലാക്കുന്നത് ശരിയല്ല അത്ര വെച്ചിട്ട് ബീജാങ്കുരക്കോ ദൃഷ്ടാന്തോ യെസ്ന തുല്യോത്യഭിപ്രായ ഈ ദൃഷ്ടാന്തത്തിനും സംശയമുള്ളതാണ് ഇത് തന്നെ വ്യക്തമാകുന്നില്ല ബീജത്തിലൊന്നും അങ്കുരം ഉണ്ടാകുമ്പോൾ എവിടെയാണ് ഇതിന്റെ തുടക്കം എന്നുള്ളത് വ്യക്തമാകുന്നില്ല ആദ്യം ബീജമാണോ അത് അങ്കുരമാണ് ആദ്യം ഫലമാണോ അത് വൃക്ഷമാണോ ഈ തീരുമാനിക്കാൻ കഴിയാത്തതുകൊണ്ട് സൃഷ്ടിയെ മനസ്സിലാക്കുന്നതിന് ഈ ഒരു ഉദാഹരണത്തിലൂടെ കഴിയുന്നില്ല കാരണം ഈ ഉദാഹരണത്തിന് സംശയമുണ്ട് അപ്പൊ സൃഷ്ടി എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള കാര്യം അത് സംശയാസ്പദമാണ് ആ സംശയത്തെ പരിഹരിക്കുന്നതിന് ഒരു ഉദാഹരണം വെച്ച് ചിന്തിച്ചാൽ അതിന് സംശയമുണ്ട് അതുകൊണ്ട് ദൃഷ്ടാന്തം സാധ്യസമമാണോ സാധ്യത്തിന് തുല്യമാണ് സാധ്യമെന്താണോ പ്രപഞ്ച സൃഷ്ടി അതെങ്ങനെ സംഭവിക്കുന്നു അവിടെ ഈ പറയുന്ന കാര്യകാരണഭാവം ഉണ്ടോ കാര്യ കാരണഭാവമുണ്ടെന്നാണ് ദ്വൈതികൾ സമർപ്പിക്കാൻ ശ്രമിക്കുന്നത് അക്കാര്യത്തിൽ സംശയമുണ്ട് അതിനൊരു ഉദാഹരണം പറഞ്ഞു കോഴിയും മുട്ടയും പോലെ എന്ന് പറഞ്ഞു അതും സംശയമുള്ള കാര്യമാണ് അപ്പോൾ ഈ സംശയമുള്ള ഈ ദൃഷ്ടാന്തത്തിലൂടെ എങ്ങനെയാണ് പ്രപഞ്ചത്തെ സംബന്ധിച്ച് ഉള്ള ഒരു കാര്യകാരണഭാവത്തെ നിശ്ചയിക്കുന്നത് സാധ്യമല്ലെന്ന് പറഞ്ഞു അതാണ് ബീജാങ്കുരാക്കോ ദൃഷ്ടാന്തോസാധീനത്തില്യോ അത് പ്രത്യക്ഷ കാര്യകാരണഭാവോ ബീജാങ്കുരയോ പക്ഷെ ഈ ബീജാങ്കുരം ഇതിനെന്താ സംശയിക്കാനിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ കോഴിയിൽ നിന്നും മുട്ടയുണ്ടായി അതിൽ നിന്ന് വീണ്ടും കോഴിയുണ്ടായി ഇതിങ്ങനെ അനാദിയായി സംഭവിച്ചുകൊണ്ടേ വൃക്ഷത്തിൽ നിന്ന് ബീജം അതിൽ നിന്ന് വൃക്ഷം ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു പിതാവിൽ നിന്ന് പുത്രൻ അതിൽ ആ പുത്രൻ പിന്നെ പിതാവാകുന്നു ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇതിനെന്താ സംശയിക്കാനിരിക്കുന്നു ഇത് അനാദിയാണ് എന്നങ്ങ് തീരുമാനിച്ചാൽ മതി അപ്പോ ഈ പ്രപഞ്ചത്തിൽ ഒരു കാര്യകാരണഭാവത്തെ ഉണ്ടെന്ന് സമർത്ഥിക്കുക അതാണ് ദ്വൈതികൾ വേണ്ടത് അദ്വൈതി പറയുന്ന എന്താണ് അങ്ങനെ ഒരു കാര്യകാരണഭാവം പ്രപഞ്ചത്തിലില്ല കാര്യമായിട്ടൊന്നും സംഭവിക്കുന്നില്ല സംഭവിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും ഒരു കാരണമായി മാറും അതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിക്കുന്നുണ്ടാവുന്ന കാര്യകാരണഭാവത്തെ കുറിച്ച് ചിന്തിച്ച് ചെല്ലുമ്പോൾ ഈ പ്രകൃതിയിൽ ഒരു പരമ കാരണത്തെ കണ്ടെത്താൻ കഴിയുന്നില്ല അതുകൊണ്ട് അനാദി എന്ന് പറഞ്ഞാണ് വേദികൾ ആ ഭാഗത്ത് രക്ഷപ്പെടുന്നു എന്ന് പറയുന്നു അനാദി ഈ കാര്യകാരണഭാവം അനാദിയായി ഇവിടെ കാണുന്നുണ്ടല്ലോ പറയുന്നു അത് അംഗീകരിക്കാൻ പ്രയാസമുള്ള കാര്യമാണ് പൂർവസ്യ പൂർവസ്യ അപരവധാദിമത്വ അഭ്യമുഖമാറുന്നു എങ്ങനെയാണ് ഇവിടെ ഇവിടെ അനാദി എന്ന് പറയുന്നത് കോഴി എന്ന് പറയുന്ന അനാദിയാണോ അല്ലല്ലോ അതിന് ജന്മം നമ്മൾ കാണുന്നുണ്ട് അതിൽ നിന്നുണ്ടായ മുട്ട അനാദിയാണോ അതും അനാദിയല്ല വൃക്ഷം അനാദിയല്ല അതിൽ നിന്നുണ്ടാകുന്ന പിന്നെ ഇവിടെയാണ് ഈ അനാദി എന്ന് പറയുന്നത് അനാദി എന്ന് പറഞ്ഞാൽ ആദ്യമില്ലാത്തത് ഈ സൃഷ്ടിയിൽ കാണുന്ന ഈ കാര്യകാരണങ്ങൾ ആയി അനുഭവപ്പെടുന്ന ഇവയ്ക്കെല്ലാം ആദ്യമുണ്ട് അതുകൊണ്ട് അനാദി എന്ന് പറയുന്നത് ഒരു ഒരു കൽപ്പന മാത്രമാണ് അനാദിയെ അംഗീകരിക്കാതെ കാര്യകാരണഭാവത്തെ അംഗീകരിക്കാനും സാധ്യമുണ്ട് കാര്യകാരണഭാവത്തെ അംഗീകരിച്ചില്ലെങ്കിൽ പിന്നെ സൃഷ്ടിയെ സംബന്ധിച്ച് സൃഷ്ടി സത്യമാണ് എന്നുള്ള തരത്തിൽ ഒരു സിദ്ധാന്തവും സമർത്ഥിക്കാനും കഴിയത്തില്ല അങ്ങനെ പുറോസി അപരവദിമത്വ അഭ്യമീ കാര്യകാരണങ്ങളെല്ലാം ഇവിടെ അനുഭവപ്പെടുന്നത് ആദിമത്തായിട്ടാണ് അനാദിയായിട്ടല്ല അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ ഒരു കാര്യകാരണഭാവത്തെ നിശ്ചയിക്കാൻ കഴിയത്തില്ല അത് കഴിഞ്ഞില്ലെങ്കിൽ ഇന്നതിൽ നിന്ന് ഇന്നതിവിടെ പരമാർത്ഥത്തിൽ ഉണ്ടായി എന്ന് ഒന്നിനെ സംബന്ധിച്ച് പറയാൻ വയ്യ അങ്ങനെ പറയാൻ വയ്യാതെ വന്നു കഴിഞ്ഞാൽ അത് അജാതം അവിടെ തന്നെ എത്തിച്ചേരും എന്നാണ് ഇവിടെ സിദ്ധാന്തി പറയുന്നത് യഥാ ഇദാനിം ഉപ്പന്നു അപരോ അങ്കുരോ ബീജാ ആദിമാൻ ബീജഞ്ച അപരം അന്യസ്മാത് അങ്കുരാദി ക്രമേണ ഉത്പന്നത്വാദ് ആദിമത് ഇവിടെ നിങ്ങളെ കാണുന്നത് ഇതെല്ലാം ആദിമത്താണ് അനാദിയായ ഒന്നിനെയും കാണുന്നില്ല അതിന് ദാനം പറയുന്നെന്താണ് ഇതാനും ഉത്പന്നോ അവരോ അങ് ഇപ്പം ഇവിടെ ഒരു വൃക്ഷമുണ്ടായി ഇത് മറ്റ് ആദിയുള്ള ഒരു ബീജത്തിൽ നിന്നുണ്ടായതാണ് ആ ബീജമോ ആദ്യമുള്ള ഒരു വൃക്ഷത്തിൽ നിന്നുണ്ടായതാണ് അങ്ങനെ പറകിലോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അനാദിയിലല്ല എത്തിച്ചേരുന്നത് ആദിമത്തായ ഒന്നിലാണ് ഒരു വൃക്ഷത്തിൽ അല്ലെങ്കിൽ ഒരു ബീജത്തിലേ ചിന്തിക്കാൻ പറ്റുന്നുള്ളു പിന്നെ ഇവിടെ അനാദി ആദിയില്ലാത്ത ഇവിടെ ചെന്ന് ചേരുന്നു അതുകൊണ്ട് ക്രമേണ ഉത്പന്നത്വാദിമത്വം അതുകൊണ്ട് ഉത്പത്തി നിങ്ങൾ സ്വീകരിക്കുകയും അത് സത്യമാണെന്ന് പറയുകയും ചെയ്യുകയാണെങ്കിൽ ആദിമത്തായ ഉത്പത്തി നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റും അനാദി അങ്ങനെ എന്ന് പറഞ്ഞാൽ അവിടെ ഉത്പത്തി ഇല്ലാതെ നടക്കും പൂർവ പുറവഅ അങ്കുരോ ബീജഞ്ച പൂർവം പുറവും ആദിമ ദേവേദി പ്രത്യേകം സർവസ്യ ബീജാങ്കുര ജാതീത് അനാദിത്വ അതുകൊണ്ട് ഓരോ മുമ്പുണ്ടായ ഓരോ അങ്കുരവും ഓരോ ബീജത്തിൽ നിന്നാണ് ഓരോ ബീജവും ഓരോ അങ്കുരത്തിൽ നിന്നാണ് എന്നുള്ളത് പ്രത്യക്ഷമായി അനുഭവപ്പെടുന്ന കാര്യമാണ് അതുകൊണ്ട് ഈ ബീജാങ്കുരങ്ങളെല്ലാം ബീജാങ്കുര ജാതം നമുക്ക് സങ്കല്പിക്കാമെന്നുള്ള ഈ ബീജാങ്കുരം എത്ര പൂർവ്വകാലത്തിനേക്കും ചിന്തിച്ചാൽ ശരി അതിനെല്ലാം ആദിമത്വമുണ്ട് പോലത്തും അനാദിത്വം സിദ്ധിക്കത്തില്ല അതുകൊണ്ട് സൃഷ്ടി അനാദിയാണ് അനാദിയായ സൃഷ്ടി ഇത് പരമാർത്ഥമാണ് എന്ന് പറയുന്നത് ശരിയല്ലം ഹേതുഫലാന ഇതുപോലെയാണ് ഇവിടെ ഈ ശരീരം നിജാങ്കുരത്തെ പോലെ ഈ ശരീരം സംഘാതം ഇതിന് കാരണമായി പറയുന്ന ധർമാധർമ്മങ്ങൾ അനുഹേദ ഫലങ്ങളെന്ന് പറയും ജീവശരീരവും അതിന് കാരണമായിരിക്കുന്ന ധർമാധർമ്മങ്ങളെല്ലാം ആദ്യമുള്ളതാണ് നല്ലത് അനാദിയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല അഥാ ബീജാങ്കുര സന്തതേരനാദിത്വം ഇത് ചെയ്ത് പറയുകയുള്ളൂ ശരി ബീജവും അങ്കുരവും ആദ്യമുള്ളതാണ് സമ്മതിച്ചത് പക്ഷെ നമുക്ക് അങ്ങനെ ഒന്നിനു സ്വീകരിക്കാം എന്താണ് ബീജാങ്കുല പ്രവാഹം അങ്ങനെ ഒന്നിനു സ്വീകരിക്കുക ബീജത്തെയും അങ്കുലത്തെയും വരെ എടുക്കണ്ട ബീജാങ്കുലെന്ന് പറയുന്ന ഒരു പ്രവാഹം ഒരു സന്തതി അത് അനാദിയാണോ എന്ന് പറഞ്ഞാലോ അങ്ങനെ പറയാം ഓരോന്നായിട്ട് എടുക്കുമ്പോഴാണ് അതിന് ആദിമത്വം വരുന്നത് പക്ഷെ അതിനൊരു തുടർച്ചയായിട്ട് എടുക്കുക ഒരു ബീജാങ്കുല പ്രവാഹം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അത് അനാദിയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ കാരണം അനാദി എന്ന് പറയുന്ന ഈ വാക്ക് ധാരാളം ഉപയോഗിക്കുന്നതാണ് അത് ഉപയോഗിച്ചേ മതിയാവും പ്രപഞ്ച സൃഷ്ടിയെ സംബന്ധിച്ച് അനാദി എന്നുള്ള ഒരു ശബ്ദം ഉപയോഗിക്കാതെ ഒരു ഉത്തരം നൽകുക ആർക്ക് സാധ്യമല്ല കാരണം ഇതിനൊരു തുടക്കം കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് കൊണ്ട് പറയുന്നു ഓരോന്നും ഓരോന്നിനും ആദ്യമുണ്ടെങ്കിലും ആ ഒരു പ്രവാഹം വനാദിയായി സംഭവിച്ചുകൊണ്ടേയിരിക്കും അതൊരു അവിഛിന്നമായ പ്രവാഹമാണ് എന്ന് പറയാം നദി വഴുകുന്നത് പോലെ നദി വഴുകുമ്പോൾ എന്താണ് പ്രവാഹം എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ ഒരു ഏകത്വമുണ്ട് പക്ഷേ അതിൻ്റെ ഓരോ അംശങ്ങളായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഓരോന്നും വേറെ വേറെയാണ് അതിലുള്ള നിരയും കതയും കുമളയും എല്ലാം വേറെ വേറെയാണ് പക്ഷെ ആ ജലപ്രവാഹം അത് ഏകമാണ് അതുപോലെ ഈ ബീജാങ്കുല പ്രവാഹം ഏകമാണെന്ന് പറഞ്ഞാലോ എന്നാ അത് ശരിയാകില്ല എന്തുകൊണ്ട് ഏകത്വ അനുഭവത്തെ അങ്ങനെ ഒരു ഏകത്വം അതിനില്ല ബീജാങ്കുലങ്ങളിൽ ഏകമെന്ന് പറയുന്ന നിങ്ങൾ എന്താണ് ഈ ബീജാങ്കുല വ്യതിരേഖണ ബീജാങ്കുര സന്തർണ്ണാമ ഏക അഭ്യൂതമിതേ ചോദിക്കുന്നു ഈ ബീജം അങ്കുരം രണ്ട് കാര്യങ്ങളാണ് ഇവിടെയുള്ളത് ഹേതു ഫലം കാരണം കാര്യം ഈ രണ്ടിൽ ഏതിനാണ് നിങ്ങൾ അനാദി എന്ന് വരുന്നത് ഹേതുവിനെയാണോ ഫലത്തെയാണോ കാരണത്തെയാണോ കാര്യത്തെയാണോ അതിന് രണ്ടിനെയും പറയാൻ പറ്റത്തില്ല കാരണം രണ്ടും ആദ്യമുള്ളതാണ് ഇത് രണ്ടുമല്ലാതെ ഇതിലും അന്യമായിട്ട് വേറെന്താ ഉള്ളത് നിങ്ങൾ പറയുന്ന ഈ പ്രവാഹം എന്ന് പറയുന്നത് സന്തതി എന്ന് പറ രണ്ടിൽ നിന്ന് വേറിട്ടൊന്നാണോ അതേതാണ് അങ്ങനെ ഒന്നിനെ കാണിച്ചു തരിക ബീജത്തിൽ നിന്നും അങ്കുലത്തിൽ നിന്നും വേറിട്ടൊരു ബീജാങ്കുര സന്തതി അത് ഏതാ അങ്ങനെ ഒരു വസ്തു അങ്ങനെയൊരു പദാർത്ഥത്തെ നിങ്ങൾക്ക് എടുത്ത് കാണിക്കാനുള്ള അങ്ങനെ ഒന്നുമില്ല അങ്ങനെ ഒന്നും അവിടെ കാണുന്നില്ല കാണാത്ത ഒന്നിനെ നിങ്ങൾ എങ്ങനെയാണ് അനാദി എന്ന് പറയുന്നത് പറയേ സാധ്യമല്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് അങ്ങനെ ഒന്ന് കാണണം ഇതാണോ ഇത് ബീജം ഇതാംകുരം രണ്ടായി ഇനി മൂന്നാമതൊന്ന് ബീജാങ്കുര സന്തതി ബീജാങ്കുരപ്രവാഹം അങ്ങനെ ഒന്നും കാണുന്നില്ലല്ലോ മൂന്നാമത് ഈ രണ്ടിൽ നിന്നും വ്യത്യസ്തമായി അങ്ങനെ ഒന്ന് ആർക്കും ഒരിടത്തും അനുഭവപ്പെടുന്നില്ല അതുകൊണ്ട് ബീജാങ്കുര വ്യതിരേഖണ ഈ രണ്ടിൽ നിന്നും വേറിട്ട് ബീജാങ്കുര സന്തതിൽ നാമ ഏക നാം ബീജാങ്കുര സന്തതി ഒരു തത്വം ഒരു വസ്തു അല്ലെങ്കിൽ ഒരു പദാർത്ഥം അത് സ്വീകരിക്കാൻ നിവർത്തിയില്ല അങ്ങനെയാണെങ്കിൽ ഈ സൃഷ്ടിയിൽ കാര്യം കാരണം ഇതുകൂടാതെ മൂന്നാമതൊന്നും അതുകൂടെ സ്വീകരിക്കേണ്ടി വരും കാര്യകാരണപ്രവാഹം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നും കാണുന്നില്ല ഹേതുഫല സന്തതിരുവാ അനാദിത്വവാദി അതുകൊണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഹേതുഫലസന്ധതി എന്ന് പറഞ്ഞൊരു വസ്തുവിനെ സ്വീകരിക്കേണ്ടി വരും അങ്ങനെ സ്വീകരിക്കാൻ അങ്ങനെ ഒന്ന് അനുഭവപ്പെടുന്നില്ല ആർക്കും അതുകൊണ്ട് രണ്ടേ ഉള്ളൂ കാരണവും കാര്യവും ഈ രണ്ടും ആദ്യമുള്ളതാണ് അതുകൊണ്ട് അനാദി വാദം ശരിയല്ല തസ്മാസൂക്തം ഹേതഹോ ഫലസേച്ച അനാഥി അനാദി പദം തീരുപവർത്തി അതുകൊണ്ടാണ് ഇവിടെ ചോദിച്ചത് ഹേതുഫലങ്ങൾ അനാദിയാണെന്ന് പറയുന്നത് എങ്ങനെയാണ് അതിനെന്താ യുക്തി യുക്തിയില്ലെങ്കിൽ ഇതെല്ലാം ആദിമത്താണോ എന്ന് തന്നെ തഥാച അന്യത അനൂപത്തെഹേ നഭിപ്രായം അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞത് വെറും ശബ്ദത്തിൽ ഛലപ്രയോഗം നടത്തിയാണ് നിങ്ങളുടെ വാദത്തെ ഖണ്ഡിച്ചതെന്ന് പറയുന്നത് ശരിയല്ല ഞങ്ങൾ നേരത്തെ പറഞ്ഞ ദോഷമുണ്ടെന്നാണോ കാര്യത്തെ സമർത്ഥിക്കാൻ സാധ്യമല്ല കാരണത്തിൽ അന്യമായിട്ട് ഒരു കാര്യമുണ്ടെന്ന് യുക്തി കൊണ്ട് സമ്മർദ്ദിക്കാൻ സാധ്യമല്ല അക്കാരണം കൊണ്ടും കാര്യകാരണങ്ങളുടെ അനാദി ഒരു കാരണവശാലും സിദ്ധമാകാത്തത് കൊണ്ടും ഇവിടെ കാര്യത്തിന്റെ ഉത്പത്തിയെ സ്വതന്ത്രമായ അസ്തിത്വമുള്ള കാരണത്തിൽ നിന്നും ഭിന്നമായ പരമാർത്ഥത്തിലുള്ള ഒരു കാര്യത്തിന്റെ ഉത്പത്തിയെ ഒരിക്കലും സമ്മർദ്ദിക്കാൻ സാധ്യമല്ല പിന്നെ എങ്ങനെ സ്വീകരിക്കേണ്ടി വരും സ്വതന്ത്രമല്ലാത്ത കാരണത്തിൽ നിന്നും വേറിട്ട് സത്ത ഇല്ലാത്ത എന്നാൽ വേറിട്ട് അനുഭവപ്പെടുന്ന കൽപ്പിതമായൊരു കാര്യം അത് മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ എന്നാണ് പറഞ്ഞു വരുന്നത് നജ ലോകേ സാധ്യ സമൂഹേതു സാധ്യസിദ്ധു സിദ്ധി നിമിത്തം പ്രയോജ്യത പ്രമാണകുശലേഹി പറയുന്നു ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പ്രമാണങ്ങളെക്കുറിച്ച് ശരിയായ ബോധം വേണം പ്രത്യക്ഷമോ അനുമാനമോ ഉപമാനമോ ശബ്ദമോ അധാപത്യോ അനുപലബ്ധിയോ ഇങ്ങനെ വരുന്ന ഈ പ്രമാണങ്ങളെക്കുറിച്ച് ശരിയായ ധാരണ വേണം അതിലേത് പ്രമാണങ്ങൾ ഉപയോഗിച്ചാലും ശരി പൊതുവായ നിയമങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ എല്ലാവരും സ്വീകരിക്കണം ഒരു വിഷയത്തെക്കുറിച്ച് രണ്ടു പേര് ചർച്ച ചെയ്യുമ്പോൾ ആ ചർച്ചയിൽ എന്തെങ്കിലും ഒരു നിഗമനത്തിൽ എത്തിച്ചേരണമെങ്കിൽ രണ്ടുപേർക്കും സ്വീകാര്യങ്ങളായ മാനദണ്ഡങ്ങളിൽ നിന്നുകൊണ്ടേ ചർച്ച ചെയ്യാം അതിനുവേണ്ടിയിട്ടാണ് പ്രമാണങ്ങളെ സ്വീകരിച്ചിരിക്കുന്നത് അപ്പം ചർച്ച ചെയ്യുമ്പോൾ ചോദിക്കും നിങ്ങൾ എത്ര പ്രമാണങ്ങളെ സ്വീകരിക്കുന്നുള്ളൂ ചർവാകം ഞാൻ പ്രത്യക്ഷം മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ പ്രത്യക്ഷം മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ ശരി അനുമാനം പ്രമാണമാകുമോ ആദ്യം പ്രമാണത്തെക്കുറിച്ചുള്ള ചർച്ച അനുമാനമെന്ന് പറയുന്ന ഒരു പ്രമാണത്തെ സ്വീകരിക്കാമോ സ്വീകരിക്കാൻ പാടില്ല എന്ന് ആദ്യം ചർച്ച ചെയ്യാം അപ്പൊ അനുമാനം എന്ന് പറയുന്ന ഒരു പ്രമാണം സ്വീകരിക്കേണ്ടി വരുന്നുവെങ്കിൽ അവിടെ തന്നെ നിങ്ങളുടെ നിലപാട് തെറ്റാണെന്ന് ബോധ്യപ്പെടുന്നു എന്താണ് ചാർവാകൻ പറയുന്നതെന്താണ് ഞാൻ പ്രത്യക്ഷം മാത്രമേ സ്വീകരിക്കുന്നത് പക്ഷേ ചർവാകനുമായി ചർച്ച ചെയ്തപ്പോൾ ചാർവാഹന് സ്വീകരിക്കേണ്ടി അനുമാനത്തെയും ഒരു പ്രമാണമായി സ്വീകരിക്കണം അങ്ങനെ വന്നുകഴിഞ്ഞാൽ അവരോട് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല കാരണം പ്രമാണത്തെ തന്നെ അവർ ചർച്ചയ്ക്കുള്ള മാനദണ്ഡത്തെ തന്നെ അവർ നിഷേധിക്കുന്നെങ്കിൽ പിന്നെ ചർച്ച കാര്യമില്ല ഇനി വേറെ പറയുന്നു ശരി ഞാൻ പ്രത്യക്ഷവും അനുമാനവും സ്വീകരിക്കാം പക്ഷേ ശബ്ദത്തെ സ്വീകരിക്കാൻ സാധ്യമില്ല ശബ്ദ ശരി എന്നാൽ ചർച്ച ചെയ്യാൻ ശബ്ദം സ്വീകാര്യമാകുമോ അല്ലെ ശബ്ദം സ്വീകാര്യമാണെന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ ശബ്ദ സ്വീകരിക്കാത്തവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല അവരെ ഉപേക്ഷിക്കാം നിങ്ങൾ ശബ്ദ പ്രമാണത്തെ സ്വീകരിക്കുന്നില്ല നിങ്ങളോട് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല കാരണം ചർച്ചയിൽ പൊതുവായി വരുന്ന ഈ പ്രത്യക്ഷം അനുമാനം ശബ്ദം മൂന്നിനെയും സ്വീകരിക്കുന്നവരോട് ചർച്ച ചെയ്തിട്ട് കാര്യമുണ്ട് അത് സ്വീകരിക്കേണ്ടതാണെന്ന് നിങ്ങൾ സമ്മതിക്കുന്നു എന്നാൽ അത് സ്വീകരിച്ചുകൊണ്ട് ചർച്ച ചെയ്യാൻ നിങ്ങൾ തയ്യാറുമല്ല ഇങ്ങനെ ചർച്ചയിൽ അസ്വകാര്യങ്ങളായ പ്രമാണങ്ങളെ സ്വയം അവരവർക്ക് അസ്വീകാര്യങ്ങളായ പ്രമാണങ്ങളെ ഒഴിവാക്കുന്നവരുവേണ്ടി ചർച്ച ചെയ്തിട്ട് കാര്യം അതുകൊണ്ട് ചർച്ച ചെയ്യുന്നെങ്കിൽ എന്ത് വേണം പ്രത്യക്ഷമോ അനുമാനം ശബ്ദം തുടങ്ങിയ പ്രമാണങ്ങളെ സ്വീകരിക്കുന്നവരായി അത് സ്വീകരിക്കുന്നുവെന്ന് ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലാവുന്നു സ്വീകരിക്കേണ്ടി വരുമെന്നും അങ്ങനെ ബോധ്യപ്പെട്ടിട്ട് സ്വീകരിക്കുന്നവരുമായി ചർച്ച ചെയ്യണം അങ്ങനെ ചർച്ച ചെയ്തിട്ട് എന്ത് നിഗമനത്തിലെത്തുന്നു അതാണ് സിദ്ധാന്തം അപ്പൊ ഇവിടെ നിങ്ങൾ പ്രമാണങ്ങളെ അംഗീകരിക്കുന്നു ൾ അവർ പ്രത്യക്ഷം അനുമാനം ശബ്ദം തുടങ്ങിയ പ്രമാണങ്ങളെ സ്വീകരിക്കുന്നു അങ്ങനെ സ്വീകരിച്ചുകൊണ്ട് ചർച്ച ചെയ്യുമ്പോൾ ഒരു മുഖ്യമായൊരു സിദ്ധാന്തമാണെന്ത് ഹേതു അതായത് ദൃഷ്ടാന്തം എപ്പോഴും സാധ്യസമമായിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കാര്യമാണോ സിദ്ധാന്തിക്കാൻ ഉദ്ദേശിക്കുന്നതാണ് സാധ്യം ആ സാധ്യത്തിന് കുറിച്ച് സംശയമുണ്ടെങ്കിൽ ദിഷ്ടാന്തവും അതേപോലെ സംശയമുള്ളതായിരിക്കില്ല വന്നുകഴിഞ്ഞാൽ സാധ്യസമമായി പോകും ദൃഷ്ടാന്തം അങ്ങനെ വരാൻ പാടുണ്ട് മനസ്സ് ആ സിദ്ധാന്തത്തെക്കുറിച്ച് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ശരി ദുഷ്ടാന്തവും അതുപോലെ ഉറപ്പുള്ളതായിരുന്നാൽ പ്രശ്നമുണ്ട് ഇവിടെ അങ്ങനെയല്ല സിദ്ധാന്തത്തെക്കുറിച്ച് സംശയമുണ്ട് അതുകൊണ്ടാണ് ചർച്ച ആവശ്യമായി വന്നത് എന്താണ് സംശയം സൃഷ്ടി വാസ്തവത്തിൽ സംഭവിക്കുന്നുണ്ടോ ഇല്ലയോ ആ സൃഷ്ടി ആദി ഉള്ളതാണോ അത് അനാദിയാണോ ഇതാണ് അതിനാണ് ഇവിടെ ഒരു ദൃഷ്ടാന്തത്തെ സ്വീകരിച്ചത് ബീജാങ്കുരം അപ്പോൾ ഈ സംശയങ്ങളെല്ലാം ഇതിലുമുണ്ട് അപ്പോൾ ഈ ദൃഷ്ടാന്തത്തിലൂടെ ആ സിദ്ധാന്തത്തെ സമർപ്പിക്കാൻ സാധ്യമല്ല ഇതെല്ലാം പൊതുവായി രണ്ടു കൂട്ടരും സ്വീകരിക്കേണ്ട മാനദണ്ഡങ്ങളാണ് ഇത്തരം മാനദണ്ഡങ്ങളെ സ്വീകരിക്കാതെ ചർച്ച ചെയ്താൽ അതുവരും കാട് കയറി ചർച്ചയായി അതുകൊണ്ട് പ്രമാണകുശലന്മാർ പ്രമാണങ്ങളെക്കുറിച്ച് ശരിയായ വിവരമുള്ളവരോട് മാത്രമേ പ്രമാണങ്ങളെക്കുറിച്ച് ബോധമുള്ളവർ ചർച്ച ചെയ്യാറുള്ളൂ അല്ലാത്തവരടുത്ത് ചർച്ച ചെയ്തില്ല പാമ്പരന്മാരടുത്ത് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല കാരണം അവരെന്തെങ്കിലും മുട്ടാത്തിറക്കം പറയും അവർ ശാസ്ത്രീയമായ രീതിയിൽ കാര്യങ്ങളെ അവഗ്രഹിച്ച് നിഗമനത്തിനെത്തിച്ചേരത്തില്ല നിങ്ങളിപ്പോൾ അങ്ങനെയാണെങ്കിലും ചർച്ച ചെയ്തിട്ട് കാര്യം കിട്ട മറിച്ചാണെങ്കിൽ പ്രമാണങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ബോധമുണ്ടെങ്കിൽ എന്താണ് സാധ്യസമമായ ഹേതു കൊണ്ട് അതായത് സാധ്യത്തിൽ സംശയമുള്ളതുപോലെ സംശയമുള്ള ഒരു ദൃഷ്ടാന്തം കൊണ്ട് സാധ്യത്തെ സമർത്ഥിക്കാൻ സാധ്യമല്ല എന്നുള്ള കാര്യം നിങ്ങൾ സ്വീകരിക്കണം അതുകൊണ്ട് ഈ ബീജാങ്കുര ന്യായത്തെ സ്വീകരിച്ചുകൊണ്ട് സൃഷ്ടി അനാദിയാണോ എന്ന് പറയുന്നത് ശരിയല്ലമിത്തം പ്രയുജ്യതേ നമ്മൾ പറയാൻ പോകുന്ന കാര്യത്തെ സമർത്ഥിക്കുന്നതിന് വേണ്ടി സംശയമുള്ള ഒരു ഉദാഹരണത്തെ പറയുന്നത് ശരിയല്ല പ്രമാണകുശലി പ്രമാണബോധമുള്ളവരങ്ങനെ ചെയ്യാറില്ല ഹേതുരുതി ദൃഷ്ടാന്തോ അത്ര അഭിപ്രായതോ ഗമതത്വ സാധാരണ അനുമാനത്തിൽ ഹേതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൃഷ്ടാന്തമല്ല പറയുന്നു പർവ്വതവും വന്യമാൻ ധൂമാദ്ധാ മഹാനസം അപ്പൊ ദിഷ്ടാന്തം എന്ന് പറയുന്നത് യഥാചാരത്ത് പറയുന്നതാണ് മഹാനസം ഹേതു എന്ന് പറയുന്നത് ധൂമാ പഞ്ചമിയന്ത്രത്തിൽ പറയുന്നതാണ് ധൂമം അത് ഹേതുവാണ് ഇത് പൊതുവായൊരു നിയമമാണ് അപ്പൊ ഹേതു എന്ന് പറഞ്ഞാൽ ദിഷ്ടാന്തം എന്നല്ല അവിടെ സ്വീകരിക്കുന്നു പക്ഷേ ഇവിടെ ഹേതു എന്ന് പറഞ്ഞാൽ ദൃഷ്ടാന്തവും സ്വീകരിച്ചു എന്തുകൊണ്ട് ഹേതുവിനോട് ദൃഷ്ടാന്തം എന്ന അർത്ഥം പറഞ്ഞു ഗമകത്വ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ ഹേതു സാധ്യത്തെ സമർത്ഥിക്കുന്നത് അതുപോലെ സാധ്യത്തെ സമർത്ഥിക്കുന്നതാണ് ദൃഷ്ടാന്തം അതുകൊണ്ട് ഇവിടെ ഹേതു എന്നുള്ള ശബ്ദത്തിന് ദൃഷ്ടാന്തമെന്ന അർത്ഥം പറഞ്ഞു ഗമകത്വം എന്ന് പറയുന്ന ഇത് രണ്ടിനും ഒരുപോലെയുണ്ട് ഹേതു സാധ്യത്തെ സമർത്ഥിക്കുന്നതുപോലെ ധൂമഹേതു എങ്ങനെയാണോ സാധ്യമായ വന്യെ സമർത്ഥിക്കുന്നത് അതുപോലെ മഹാനസം എന്ന ദൃഷ്ടാന്തവും സാധ്യത്തെ സമർത്ഥിക്കാൻ ഉതകുന്നതാണോ അതുകൊണ്ട് ഹേതുവിന് ദൃഷ്ടാന്തം എന്നുള്ള അർത്ഥം പറഞ്ഞു അതുകൊണ്ട് ഇവിടെ പറയുന്ന എന്താണ് എന്തെങ്കിലും ഒരു കാര്യത്തെ നമ്മൾ സമർത്ഥിക്കാൻ ശ്രമിക്കുമ്പോൾ ആ സാധ്യത്തെക്കുറിച്ച് നമുക്ക് സംശയമുണ്ട് അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുന്നത് പക്ഷെ നിങ്ങളൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉദാഹരണത്തിൽ സംശയം പാടില്ല നിങ്ങളിവിടെ എന്താണ് സമൃദ്ധിക്കാൻ ശ്രമിക്കുന്നത് സൃഷ്ടി അനാദിയാണ് അതിനുവേണ്ടി ഉദാഹരണം പറഞ്ഞെന്താണ് ബീജാങ്കുരം പക്ഷെ അതിൽ സംശയമുണ്ട് അത് അനാദിയാണോ നിങ്ങളുടെ ആ ദൃഷ്ടാന്തത്തിലൂടെ ഈ പ്രപഞ്ചം അനാദിയാണെന്ന് സമൃദ്ധിക്കാൻ സാധ്യത പ്രപഞ്ചം അനാദിയാണെന്ന് വന്നാലോ സത്യമാണെന്ന് വരും സൃഷ്ടി സംഭവിക്കുന്നു എന്നുവരും സൃഷ്ടിയും പരമാർത്ഥമാണെന്ന് വരും അദ്വൈതത്തിന് വിരോധം വരും അതുകൊണ്ട് ഇവിടെ അതിനെ സ്വീകരിക്കുന്നില്ല സൃഷ്ടി അനാദിയല്ല എന്നാണ് പ്രതിരോഹി ദൃഷ്ടാന്തോ അതുകൊണ്ടിവിടെ ഇവിടെ ഈ സന്ദർഭത്തിൽ ചർച്ച ചെയ്യുന്നത് ഹേതുവിനെ കുറിച്ചല്ല ദൃഷ്ടാന്തത്തെക്കുറിച്ചാണ് അതുകൊണ്ട് ഈ കരികയിൽ ഹേതു ശബ്ദത്തിന് ദൃഷ്ടാന്തം എന്നുള്ള അർത്ഥമാണ് വിപക്ഷിതമായിരിക്കുന്നത് എന്നാണ് പറയുന്നത് അതുകൊണ്ടിവിടെ ബീജാങ്കുര ന്യായത്തിലൂടെ ഈ പ്രപഞ്ചം അനാദിയാണ് എന്ന് സമ്മർദ്ദിക്കാൻ സാധ്യമല്ല അതൊരു പ്രപഞ്ചം സ്വതന്ത്രമായി നിലനിൽക്കുന്ന ഒന്നല്ല ആരോപിതമാണ് എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത് സദാ സാധ്യസമോഹി സി സാധ്യസമോഹേ സിദ്ധോ സാധ്യസത്തെ പൂർവാപരപരിജാനം പരിദീപക धर्माद ഗൃഹ്യത്തെ കഥം ബുദ്ധൈ അജാതി എന്തുകൊണ്ട് ഇവിടെ പറയുന്നു ബുദ്ധൈരജാതി പരിദീപിതാണ് പത്തൊമ്പതാമത്തെ കാര്യങ്ങൾ ബുദ്ധന്മാരെന്ന് പറഞ്ഞാൽ അറിവുള്ളവരെന്നുള്ള അർത്ഥം കൊണ്ടെടുക്കുന്നത് അല്ല ഇനി ബുദ്ധന്റെ അനുയായികളെ പറഞ്ഞാലും തെറ്റുന്നു അവരെ ബൗദ്ധന്മാരെന്ന് പറയും ബുദ്ധന്മാരെന്നും പറ കാരണം ഇനി വരുന്ന ഈ ഭാഗങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ ബൗദ്ധന്മാരുടെ ചിന്താഗതികളോട് വളരെ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് അവസാനം പറയും ബുദ്ധീന ഭാഷകം ഈ പറയുന്ന കാര്യം ബുദ്ധൻ പറഞ്ഞതല്ല എന്ന് പറഞ്ഞ് ബുദ്ധനെ നിഷേധിക്കുന്നുണ്ട് ഈ ഇടയ്ക്കേന്റെ ഭാഷകാരനും പല ഭാഗങ്ങളിലും ഇത് ബൌദ്ധന്മാരുടെ കാര്യമല്ല ഇവിടെ പറയുന്നത് എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും ഇവിടെ പറയുന്ന ഈ ചർച്ചകൾക്ക് വളരെ സാമ്യമുള്ളത് ബൗദ്ധന്മാരുടെ ക്ഷണിക വിജ്ഞാനവാദത്തോടാണ് പക്ഷേ ബൌദ്ധന്മാരോട് അദ്വേദികൾക്ക് എന്തെങ്കിലും കടപ്പാടുണ്ടെന്ന് വരുന്നത് അദ്വേദിയെ സംബന്ധിച്ചിടത്തോളം നാളെ കേടാം കാരണം പ്രധാനമായ കാരണം ബൗദ്ധന്മാർ വേദത്തെ പ്രമാണമായി സ്വീകരിക്കുന്നില്ല അദ്വൈതിയെ സംബന്ധിച്ചിടത്തോളം പരമപ്രമാണം വേദമാണ് ബൌദ്ധന്മാരെ കുറിച്ച് പറയുന്നത് എന്താണ് വേദബാഹ്യന്മാരാണ് ആചാര്യസ്വാമികൾ പറയുന്നത് വൈനാശികന്മാർ നശിച്ചവന്മാരെന്നാണ് പറയുന്നത് അങ്ങനെ പറഞ്ഞാൽ നശിച്ചവന്മാരുടെ സിദ്ധാന്തത്തോട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധം ഒരു പുലബന്ധമെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അദ്വൈദികളെ സംബന്ധിച്ചിടത്തോളം മഹാ നാണക്കേടാണ് പക്ഷേ ഇവിടെ പറയുന്ന കാര്യങ്ങൾ വായിക്കുമ്പോൾ അതിന് വളരെ സാമ്യം വരുന്നത് വാസ്തവത്തിൽ ബൗദ്ധദർശനത്തോടാണ് ഇവിടെ ഭക്ഷ്യകാരം തന്നെ മറ്റു പല ഭാഗങ്ങളിലും നിഷേധിക്കുന്നു ചില കാര്യങ്ങളെ ഇവിടെ ഒരു തരത്തിൽ അംഗീകരിക്കുന്നുണ്ട് കാരണം ബൗദ്ധ ദർശനത്തിന്റെ സ്വാധീനം ഇതിന് വളരെ വ്യക്തമാണ് ഈ തരത്തിൽ ഉള്ള ഒരാശയം ബൌദ്ധന്മാരിൽ നിന്നല്ലാതെ വരാനോട്ട് വഴിയും എന്തായാലും ശങ്കരാചാര്യരുടെ കാലം ബുദ്ധന് ശേഷമാണെന്നുള്ള കാര്യത്തിൽ തീർക്കണം കാരണം ഈ ഭാഷയത്തിനുടനീളം ശങ്കരാചാര്യർ പ്രധാനമായും നിഷേധിക്കുന്നത് ബൌദ്ധദർശനത്തെയാണ് പക്ഷേ ഈ ഭാഗങ്ങളിൽ വരുമ്പോൾ അതിനെ ഒരു തരത്തിൽ നിഷേധിക്കുകയും വേറെ തരത്തിൽ അംഗീകരിക്കുകയും ചെയ്യണം ബൗദ്ധന്മാരുടെ പ്രത്യേകിച്ച് ക്ഷണിക വിജ്ഞാനവാദികളുടെ ഒരു പ്രധാന സിദ്ധാന്തം എന്താണ് വിജ്ഞാനത്തിൽ നിന്നും അതിരക്തമായി വസ്തുവില്ല ഏറ്റവും പ്രധാനമായൊരു സിദ്ധാന്തമാണ് വിജ്ഞാനം വ്യതിരിക്തമായി വസ്തുവില്ല ഇവിടെ ബാഹ്യമായി നീല പീതാതി വർണ്ണങ്ങൾ കടപ്പെടാതി പദാർത്ഥങ്ങൾ ഇതെല്ലാം വിജ്ഞാനത്തിൽ നിന്ന് വേറിട്ടല്ല വിജ്ഞാനം തന്നെയെന്നുള്ളതാണ് ഇതാണ് വിജ്ഞാനവാദം ആ ഒരു തത്വത്തെ അതിൽ യാതൊരു മാറ്റം കൂടാതെ ഇവിടെയും സ്വീകരിച്ചിട്ടുണ്ട് വിജ്ഞാനവ്യതിരിക്തമായി പദാർത്ഥമുണ്ടാശയം ബൗദ്ധന്മാരിൽ നിന്നല്ലാതെ കിട്ടാൻ വഴിയില്ല കാരണം ഇവിടെ പറയുന്നത് എന്താണ് ആചാര്യസ്വാമികളുടെയും ഗുരുവാണ് ഗൌഢപാദാചാര്യെന്ന ഗൂഢപാദാചാര്യനാണിത് പറയുന്നത് ഗൂഢപാദാചാര്യർക്കിത് എവിടെ നിന്ന് കിട്ടി ബൗദ്ധന്മാരിൽ നിന്നും നല്ലാതെ കിട്ടാൻ ഇവരെ വഴിയൊന്നുമില്ല കാരണം അതിനു മുമ്പ് മറ്റാരും ഇത് പറഞ്ഞിട്ടില്ല സാഖ്യനോ നൈയായികനോ ഗൗതമനോ കണാദനോ ഇവരാരും തന്നെ ഇങ്ങനെ ഒരു ആശയത്തെ പറഞ്ഞിട്ടില്ല ആദ്യം പറയുന്നത് അതിനുശേഷമാണ് ശങ്കരാചാര്യ വരുന്നത് ആ ഒരു ആശയത്തെ ഇവിടെ സമർത്ഥിക്കുന്നുണ്ട് വിജ്ഞാനം വ്യതിരിക്തമായി പദാർത്ഥമില്ല അപ്പോൾ ചരിത്രപരമായി ചിന്തിച്ചാലും ദാർശനികമായി ചിന്തിച്ചാലും ഇത് ബൌദ്ധന്മാരിൽ നിന്നും സ്വീകരിച്ച ഒരാശയം തന്നെയാണ് വിജ്ഞാനം വ്യതിരിക്തമായി പദാർത്ഥമില്ല എന്നുള്ളതായി അപ്പോൾ സ്വാഭാവികമായിട്ട് അതുകൊണ്ട് എന്റെ അഭിപ്രായമല്ല പല ചരിത്രകാരന്മാരും പറയുന്നുണ്ട് ഗൂഢപാദാചാര്യർ ബൗദ്ധ കാലഘട്ടത്തിന് ശേഷം ജീവിച്ചിരുന്നാണ് അതുകൊണ്ട് അദ്വൈതത്തിന് ബൌദ്ധദർശനത്തോട് കടപ്പാടുണ്ട് എന്നുവച്ചാൽ അദ്വൈതം ബൗദ്ധ ദർശനമെന്നല്ല പക്ഷെ വലിയൊരു കടപ്പാടുണ്ട് അതുകൊണ്ടാണ് പലയിടത്തും ശങ്കരാചാര്യർ പ്രച്ഛന്ന ബൗദ്ധൻ എന്ന് ദ്വൈതികൾ വിളിക്കുന്നു ദ്വൈതികൾ അങ്ങനെ പറയുന്നുണ്ട് പ്രച്ഛന്ന ബൗദ്ധനാണ് ബൌദ്ധൻ എന്ത് ചെയ്തു വേദത്തെ നിഷേധിച്ചിട്ട് സിദ്ധാന്തത്തെ സ്ഥാപിച്ചു ദ്വൈതികളും എന്താണ് പറയുന്നത് ശങ്കരാചാര്യ വേദത്തെ അംഗീകരിച്ചുകൊണ്ട് അതുപോലെയുള്ള ഒരു സിദ്ധാന്തം അതല്ലെങ്കിലും അതിന് സമാനമായൊരു സിദ്ധാന്തത്തെ സ്ഥാപിച്ചു അതുകൊണ്ട് ുദ്ധൻ വേദത്തെ നിഷേധിച്ചിട്ട് സാധിച്ച കാര്യത്തിൽ ശങ്കരാചാര്യ വേദത്തെ അംഗീകരിച്ചുകൊണ്ട് സാധിച്ചു അതുകൊണ്ട് ശങ്കരാചാര്യൻ പ്രസന്ന ബൌദ്ധനാണ് ബുദ്ധനും പ്രധാനമായിട്ട് എന്താ ചെയ്ത് കർമ്മകാന്ഡത്തെ പൂർണമായും നിഷേധിച്ചു കർമ്മകാന്ഡത്തെ നിഷേധിക്കാൻ വേണ്ടി കർമ്മകാന്ഡത്തിൽ ഹിംസയുണ്ട് ആ ഹിംസയെ നിഷേധിക്കാൻ വേണ്ടി വേദത്തെ പാടെ നിഷേധിച്ചു ചാർവാകന്മാരെ നിഷേധിക്കുന്നതുപോലെ തന്നെ നിഷേധിച്ചു വേദത്തെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ വേദപ്രാമാണികത്വത്തെ നിഷേധിച്ചു വേദപ്രാമാണികത്വം എന്ന് പറഞ്ഞാൽ വേദത്തിന്റെ സ്വതപ്രാമാണികത്വം അതിന്റെ അർത്ഥം ബുദ്ധൻ വേദങ്ങളിലുള്ള ആശയങ്ങളെ സ്വീകരിച്ചിട്ടില്ല എന്നുള്ള ആശയങ്ങളെ സ്വീകരിച്ചിട്ടുണ്ട് പക്ഷെ വേദത്തിന്റെ സ്വത പ്രാമാണികത്വത്തെയാണ് നിഷേധിച്ചത് വേദസ്വതപ്രമാണമെന്ന് വെച്ചു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ സ്വതപ്രമാണമെന്ന് പറയുന്നത് ഈ ദാർശനിക ചർച്ചയിൽ വളരെ ജട്ടിലമായ ഒരു വാദമാണ് മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒരു വാദമാണ് ഈ സ്വതപ്രമാണമെന്ന് പറഞ്ഞതാണ് ഇപ്പോൾ മീമാംസകൻ കുമാരല ഭട്ടനും മറ്റുമൊക്കെ വേദത്തിന്റെ സ്വതപ്രമാണവാദികളാണ് വേദം പ്രമാണമായിരിക്കുന്നു എന്തുകൊണ്ട് അത് എന്തുകൊണ്ടെന്ന ചോദ്യത്തിന്റെ ഉത്തരവില്ല അത് വേദമായതുകൊണ്ട് തന്നെ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന സർവ്വവും അക്ഷരം പദ്ധതി പൂർണമാണ് ശരിയാണ് അതിന് പ്രത്യക്ഷത്തിന്റെ അനുമാനത്തിന്റെ ഒന്നും പിൻബലം ആവശ്യമില്ല വേദത്തിൽ പറഞ്ഞതുകൊണ്ട് തന്നെ അത് ശരി നമ്മള് പറയുമല്ലോ ചിലരുടെ വാക്കുകളെ പറയും അയാൾ പറഞ്ഞതുകൊണ്ട് തന്നെ അത് ശരി നമ്മുടെ അനുഭവമായിട്ട് യോജിക്കുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അനുഭവവുമായിട്ട് യോജിക്കുന്നുണ്ടോ യുക്തിയുമായിട്ട് നിരക്കുന്നുണ്ടോ അത്തരം ചിന്തിക്കുന്നതോടെ യാതൊരു വിലയുമില്ല ആ വ്യക്തി പറഞ്ഞതുകൊണ്ടത് ശരി എന്ന് പറയുന്നത് പോലെയാണ് വേദത്തെ സംബന്ധിച്ചും പറയുന്നത് സ്വതപ്രമാണം വേദം പറഞ്ഞതുകൊണ്ട് അത് ശരി അവിടെ നിങ്ങളുടെ യുക്തി പ്രയോഗിക്കാൻ പാടില്ല അനുമാനം പ്രയോഗിക്കാൻ പാടില്ല ഒന്നും പാടില്ല ഇങ്ങനെ പറയുന്നതിനാണ് സ്വതപ്രമാണെന്ന് ഈ സ്വതപ്രാമാണ്യം വന്നുകഴിഞ്ഞാൽ അതിൽ പിന്നെ അപ്രമാദിത്വം വരും വേദത്തിൽ പറയുന്നോ എന്തോ അത് പൂർണ്ണമായി എല്ലാവർക്കും സ്വീകരിക്കേണ്ടി ഒരു പക്ഷേ നമ്മുടെ ദൃഷ്ടിയിൽ എന്തെങ്കിലും അസംബന്ധം അതിലുണ്ടെന്ന് വന്നാലും സ്വീകരിക്കേണ്ടി വരും കാരണം വേദം പറഞ്ഞതുകൊണ്ട് സ്വീകരിച്ചേ പറ്റും ഈയൊരു കാഴ്ചപ്പാടിനെയാണ് ബുദ്ധൻ നിഷേധിച്ചത് ബുദ്ധന്റെ വേദ നിഷേധമെന്ന് പറയുന്ന അതാണ് ബുദ്ധൻ പറയുന്നത് അങ്ങനെ ഒന്നിനെയും സ്വതപ്രമാണമായി സ്വീകരിക്കാൻ പാടില്ല ബൗദ്ധന്മാരുടെ നിലപാടതാണ് നിങ്ങൾ നിങ്ങളുടെ അനുഭവമായി തട്ടിച്ചു നോക്കണം യുക്തിയുമായിട്ട് നിൽക്കണം അനുമാന പ്രമാണമായിട്ട് അത് യോജിക്കുന്നുണ്ടോയെന്ന് നോക്കണം അല്ലാതെ വേദത്തിൽ പറഞ്ഞതുകൊണ്ട് മാത്രം ഒന്ന് സ്വീകരിക്കാൻ പാടില്ല എന്നാ ശങ്കരാചാര്യരും ഒരു തരത്തിൽ വേദത്തിന്റെ സ്വതപ്രാമാണത്തെ സ്വീകരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ തർക്കവിതർക്കങ്ങളൊക്കെ വരുമ്പോൾ ചില ഭാഗങ്ങളിൽ യുക്തി കൊണ്ട് സമാധാനം പറയാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ അവിടെ പറയും ഇത് ശ്രുതേഹേ ഈ ശ്രുതി പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ശ്രുതിയെ പ്രാമാണമായി സ്വീകരിക്കുന്നവർക്ക് പിന്നെ ചോദ്യം ശ്രുതി പ്രമാണമാണെങ്കിൽ പിന്നെ അത് ചോദ്യം ഞാൻ കത്തില്ല കാരണം ശ്രുതി പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ യുക്തിയോ അനുമാനമൊന്നും പ്രയോഗിക്കാൻ പാടില്ല ഈ ഒരു ചിന്താഗതിയാണ് അങ്ങനെ എതിർത്തിട്ടെന്ത് ചെയ്തു അവർ ബൌദ്ധന്മാര് പല സിദ്ധാന്തങ്ങളും ആവിഷ്കരിച്ചു യോഗാചാരന്മാര് മാധ്യമികന്മാര് സൌത്രാന്തികന്മാര് വൈഭാഷികന്മാരെന്നൊക്കെ പറഞ്ഞ് പല ശൂന്യവാദം ക്ഷണികവാദം ബാഹ്യാർത്ഥവാദം ഇങ്ങനെ പലതരത്തിലുള്ള സിദ്ധാന്തങ്ങളെ അവർ ആവിഷ്കരിച്ചു പക്ഷെ വേദത്വം നിഷേധിച്ചിട്ടാണ് അതിൽ പറയുന്ന ക്ഷണികവാദം ക്ഷണികവിജ്ഞാനവാദത്തിൽ പ്രധാനമായി പറയുന്ന ഒന്നാണ് ജ്ഞാനത്തിൽ നിന്നും വ്യതിരിക്തമായി വസ്തുവിനെ രണ്ടു തരത്തിലും ആലയവിജ്ഞാനം പ്രവൃത്തി വിജ്ഞാനം അതൊരു ദഹനമായ വിഷയമാണ് ഈ രണ്ടു തരത്തിലുള്ള വിജ്ഞാന പരമ്പരയാണ് അഹംബോധവും പ്രപഞ്ചബോധവും ഉണ്ടാകുന്നത് അങ്ങനെ അവരുടെ ചിന്താഗതി അവരുടെ ചർച്ചകളൊക്കെ പോകും അതിൽ സങ്കരാചാര്യർ അതിൽ നിന്ന് പറയുന്ന വ്യത്യാസം എന്താണ് പക്ഷെ ഈ പ്രവൃത്തി വിജ്ഞാനം അങ്ങനെ രണ്ടു തരത്തിലുള്ള വിജ്ഞാനം വിജ്ഞാന പരമ്പരയില്ല വിജ്ഞാനം ക്ഷണികമല്ല മറിച്ച് വിജ്ഞാനം ഏകമാണ് വിജ്ഞാനം അഖണ്ഡമാണ് അവിജ്ഞാനത്തെ തന്നെയാണ് സച്ചിദാനന്ദം എന്ന് പറയുന്നത് അതുതന്നെയാണ് ബ്രഹ്മം അതാണ് അതിന് വ്യത്യാസം വരുത്തിയിരിക്കുന്നത് ശങ്കരാചെ അവിടെ ബൌദ്ധന്മാരെനിന്ന് സ്വീകരിച്ചിരിക്കുന്ന ഒരു കാര്യം എന്താണ് വിജ്ഞാനം വ്യതിരിക്തമായി പദാർത്ഥമില്ല എന്നുള്ള കാര്യം അങ്ങനെ ഒരാശയത്തെ ആദ്യം പറയുന്നത് ബൗദ്ധന്മാരാണ് ആ ഒരു ആശയത്തെ ഇവിടെയും സ്വീകരിക്കുന്നുണ്ട് അതും ഇവിടെ ആവർത്തിച്ച് ആവർത്തിച്ച് ബുദ്ധശബ്ദം പ്രയോഗിക്കുന്നുണ്ട് ബുദ്ധയി ഭാഷിതം അതുകൊണ്ടും ഇതാണ് ഇത് ബൗദ്ധദർശനത്തോട് കടപ്പെട്ട ഒന്നാണ് ഈ ഗൂഢപാതകാരിക എന്നാണ് നിഷ്പക്ഷമായതിനെ കുറിച്ച് ചിന്തിക്കുന്നവർ പറയും പക്ഷെ സാമ്പ്രദായികവാദികൾ അദ്വൈതത്തിലെ സാമ്പ്രദായികവാദികളത് സ്വീകരിക്കത്തില്ല ആ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതാണ് വേദനിഷേധിയായ ബുദ്ധനെ കൂട്ടുപിടിച്ചുവരും വേദനിന്ദ ചെയ്തയാളാണ് ബുദ്ധനെന്നാണ് പറയുന്നത് അങ്ങനെയുള്ളൊരു ബുദ്ധനെ സ്വീകരിക്കുന്ന പറയുന്നത് സമ്പ്രദായവാദികൾക്ക് അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് അദ്വൈത സമ്പ്രദായവാദികൾ അതിനംഗീകരിക്കത്തില്ല ഇതൊന്നും ബുദ്ധം പറഞ്ഞല്ല ബൌദ്ധമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് പറയും പക്ഷെ മറ്റൊരു തരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു ദർശനത്തിനും സ്വതന്ത്രമായി നനകാൻ പറ്റത്തില്ല കാരണം എല്ലാ ദർശനങ്ങൾക്കും അതിന്റേതായ പരിണാമങ്ങളും വളർച്ചയെല്ലാം സംഭവിച്ചിട്ടുണ്ട് ഈ ദർശനങ്ങളെല്ലാം പരസ്പരം കൂട്ടിമുട്ടിയിട്ടുണ്ട് പരസ്പരം പല വേദികളിൽ ഇത് ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് സ്വാഭാവികമാക്കിയും കൊടുക്കുകയും വാങ്ങിയെല്ലാം ചെയ്യും പരസ്പരം ആശയങ്ങളെ അങ്ങനെ സ്വീകരിച്ചാലേ വളരാൻ പറ്റും അങ്ങനെ ബൌദ്ധ ദർശനവുമായിട്ടുള്ള ഈ ആശയവിനിമയത്തിൽ അവരിൽ നിന്ന് പലതും അദ്വൈതികളും സ്വീകരിച്ചു എന്ന് പറയുന്നതിന് ദോഷമൊന്നും വരാറില്ല ആധുനിക കാലത്ത് പോലും ശേഷം വന്നിട്ടുള്ള അദ്വൈതത്തിന്റെ തന്നെ പല മാറ്റങ്ങൾ അതിന്റെ പരിണാമങ്ങൾ വളർച്ചയിൽ അതിന് മറ്റുള്ള ദ്വൈതദർശനങ്ങളുമായിട്ടും വലിയ കിടപ്പാടുണ്ട് അതതിൻ്റെ മാറ്റത്തെ ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാവും അങ്ങനെ അല്ലാതെ ഒന്നിനെയും അങ്ങനെ സ്വതന്ത്രമായും ഒന്നിനോടും ബന്ധപ്പെടാൻ നിൽക്കാൻ പറ്റത്തില്ല അതിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആ മാറ്റങ്ങളാണ് ഈ അദ്വൈതത്തിന്റെ വാദഗ്രന്ഥങ്ങളും മറ്റും അതിനൊക്കെ ദ്വൈത ദർശനങ്ങളോട് വളരെ കടപ്പാടുള്ള ആധുനിക കാലത്ത് പോലും ഉള്ള ചിന്തകന്മാർക്കും അദ്വൈത ദർശനത്തോടുള്ളതുപോലെ തന്നെ കടപ്പാട് ബൌദ്ധ ദർശനങ്ങളോടും അതിൽ നിന്നും ഏതെങ്കിലുമൊക്കെ അംശങ്ങളെ സ്വീകരിച്ചിട്ടാണ് ആധുനിക ചിന്തകന്മാരും അവരവരുടെ സിദ്ധാന്തങ്ങളെ ആവിഷ്കരിക്കുന്നത് അതുകൊണ്ട് സമാന്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു സ്വാധീനം ഇവിടെ ഉണ്ടെന്ന് തന്നെ കണക്കാക്കണം അതാണ് ഇനി വരുന്ന കാര്യങ്ങളിലെല്ലാം പറയും ബാഹ്യാർത്ഥ നിരാശം എന്ന് പറയുന്ന വിഷയമാണ് അടുത്തു ചർച്ച ചെയ്യുന്നത് കഥം ബുദ്ധേഹി അജാതി പരിദീപിത അജാതിയെ എങ്ങനെ ബുദ്ധന്മാർ അറിവുള്ളവർ വിവേകികളിൽ എങ്ങനെ ആ തത്വത്തെ പ്രകാശിപ്പിക്കുമോ അന്ന് പറയുന്നു അവബോധം പൂർവാപര അപരിജ്ഞാനം പൂർവാപര അപരിജ്ഞാനം എന്ന് പറയുന്നത് ഏതാണ് ആദ്യം ഏതാ ഉണ്ടായത് കോഴിയാണോ മുട്ടയാണോ തിരിച്ചറിയാൻ വേണ്ടി ഏതാണ് പൂർവ്വ അപര അപരിജ്ഞാനം കാര്യകാരണങ്ങളെക്കുറിച്ച് എവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദോഷം വരും ആദ്യം ഏതോണ്ടാകും കാരണമാണോ അതോ കാര്യമാണോ നിർണയിക്കാൻ വയ്യ നിർണ്ണയിക്കാതെ തന്നെ ആ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള പെരുത്തു വഴിയാണ് അനാധിവാദം അതിനെയും നിഷേധിക്കും അത് സാധ്യമെന്നാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ സച്ച അജാതി പരിചയപ്പെട്ട അവബോധം അതവസാനം അജാതിയിൽ എത്തിച്ചേരണം അജാതിപാതത്തിലെത്തിച്ചേർന്ന് ഈ കാര്യകാരണ ബന്ധം ഇവിടെ നമുക്ക് അനുഭവപ്പെടുന്നത് അത് കേവലം ഒരു കൽപ്പന മാത്രമാണ് മനസ്സിന്റെ കൽപ്പനയാണ് കൽപ്പനയിൽ നിന്ന് അന്യമായി അതിനൊരു എന്ന് തീരുമാനിക്കേണ്ടി വരും ജായ മാനോഹിത്യേ കഥം തസ്മാത് പൂർവ്വം കാരണം ഗൃഹീതം ജനിക്കുന്നതായൊരു ധർമ്മം ഒരു കാര്യവും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്കതിന് നിശ്ചിതമായൊരു കാരണത്തെ സ്വീകരിച്ചുകൂടാ സ്വീകരിക്കാൻ കഴിയുന്നതിന്റെ കാരണം അവിടെ ചോദ്യം വരും അപ്പോൾ അതിന്റെ കാരണം എന്താണ് അതിന്റെ കാരണം എന്താണ് ഏതാണ് കാരണം ഏതാണ് കാര്യം കാരണമെന്ന് കരുത് തന്നെ കാര്യമായി മാറും കാര്യമെന്ന് കരുതുന്നത് തന്നെ കാരണമായി മാറും ഇവിടെ ഒരു അതുകൊണ്ട് അവശ്യം ഹി ജായ ഗ്രഹീത്ര ജനകം ഗ്രഹീതവ്യം അതുകൊണ്ടൊന്ന് സ്വീകരിക്കേണ്ടി വരും നിങ്ങൾക്ക് ഈ ബന്ധത്തെ ഈ പ്രപഞ്ചത്തിന് ഉറപ്പിക്കണമെങ്കിൽ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് കാരണത്തെ നിശ്ചയിക്കേണ്ടി അത് കഴിയുന്നില്ല വൃക്ഷത്തിന് കാരണം വിത്താണെന്ന് പറയാൻ വരിക കാരണം വിത്തിന് കാരണവും വൃക്ഷം തന്നെ തീരുമാനിക്കാൻ കഴിയുന്നില്ല ജന്യ ജനകയോഹുഭേദത്വ ശരിക്കും കാര്യകാരണ ബന്ധം ഉറപ്പിക്കണം ഇതുണ്ടായാലും ഇവിടെ സൃഷ്ടി സംഭവിക്കട്ടെ കാര്യകാരണ ബന്ധം നിശ്ചയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് സൃഷ്ടിയെന്ന് സംരക്ഷിക്കാൻ പറ്റും പിന്നെ ഒന്ന് സ്വീകരിക്കാൻ ജ്ജുവിൽ സർപ്പം പോലെ സൃഷ്ടി സംഭവിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറയുമ്പോൾ അവിടെ നമുക്കൊരു കാര്യകാരണ ഭാവത്തേന്നും നിശ്ചയിക്കാൻ മതി എങ്ങനെയാ സർപ്പമുണ്ടായി അതിന് കാരണം ആണോ രജ്ജു പറയാൻ വയ്യ കാരണം രജ്ജുകളുടെ അടുത്തെല്ലാം സർപ്പത്ത് കാണുന്നില്ല അങ്ങനെയാണെങ്കിൽ രജ്ജുളുടെ അടുത്തെല്ലാം സർപ്പം കാണും അങ്ങനെയല്ല രജ്ജുവിൽ നിന്ന് മാത്രമല്ല സർപ്പം മറ്റു സ്ഥലത്തും കാണും മറ്റ് എവിടെയെങ്കിലും അത് കാണാം അതുകൊണ്ട് അവിടെ കാര്യകാരണഭാവം നിശ്ചയിക്കാൻ വയ്യാത്തത് എന്തുകൊണ്ടാണ് അവിടെ പ്രതീതമാകുന്നത് ആരോപിതമാണ് കൽപ്പിതമാണ് അതുപോലെ ഈ പ്രപഞ്ചം ആരോപിതമാണ് കൽപ്പിതമാണെന്ന് സ്വീകരിച്ചാൽ അവിടെ കാര്യകാരണത്തിന്റെയൊന്നും ആവശ്യമില്ല എന്നാണ് തസ്മാദ് അതുകൊണ്ട് കാര്യകാരണ ബന്ധത്തെ സംബന്ധിച്ച് നിശ്ചിതമായൊരു സിദ്ധാന്തം ഉറപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് െക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ചിന്ത തന്നെ അജാതിവാദത്തിലെത്തിക്കും അജാതവാദത്തിലെത്തിക്കും ഇവിടെ പരമാർത്ഥത്തിൽ സൃഷ്ടി സംഭവിക്കുന്നില്ല എന്ന് തീരുമാനിക്കേണ്ടി വരും എന്നാണ് പൂർവ അപര അപരിജ്ഞാനം അജാദേ പരമാർത്ഥ സൃഷ്ടി ഇവിടെ സംഭവിക്കുന്നേയില്ല സംഭവിക്കുന്നു എന്ന് യുക്തി കൊണ്ട് ർണയിക്കാൻ വയ്യ മറ്റൊരു തരത്തിലും നിർണ്ണയിക്കാനോട്ട് കഴിയത്തുമില്ല കാരണം യുക്തി എന്ന് പറയുന്നത് എന്താണോ യുക്തി മുഖ്യമായും ബുദ്ധിയെ ആശ്രയിച്ചുള്ള ഒരു കാര്യമാണ് ഏത് തരത്തിലും നമ്മൾ പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും എല്ലാം നടത്തിയാലും അവിടെ മുഖ്യമായി അവലംബിക്കുന്ന നമ്മുടെ ബുദ്ധിയെ തന്നെ അപ്പൊ ബുദ്ധിയെ ആശ്രയിച്ചിട്ട് സ്വന്തം ബുദ്ധിയെ ആശ്രയിച്ചിട്ട് അങ്ങനെ നിർണയിക്കാൻ കഴിയില്ലെങ്കിൽ അതില്ലെന്ന് തന്നെ കരുതേണ്ടി പരമാർത്ഥം സൃഷ്ടിയില്ല എന്നാണ് അതാണ് അടുത്ത് പറയുന്നത് ഇദർശന ജായുദ് പറയാൻ പോകുന്ന യുക്തി കൊണ്ടും സൃഷ്ടിയില്ല എന്ന് സ്വീകരിക്കേണ്ടി വരും എന്താണ് ജായമാനം വസ്തു സ്വത ഭരതഹ ഉഭേദോ സത് അസത് സത് അസത്വായതേ ഒരു വസ്തു സ്വയം ഉണ്ടാകുന്നില്ല മറ്റൊന്നുണ്ടാകുന്നില്ല താനും മറ്റൊന്നും കൂടി ചേർന്നും ഉണ്ടാകുന്നു അതിനോട് പറഞ്ഞത് സത്തായിട്ടോ അസത്തായിട്ടോ സദസത്തായിട്ടോ ഉണ്ടാകാൻ സാധ്യതയില്ലതീനചിതവിപ്രകാരേണ ജന്മ സംഭവ തി ഒരു കാര്യത്തിന് ഒരു തരത്തിലും സൃഷ്ടി പരമാർത്ഥ സൃഷ്ടി സംഭവിക്കുന്നില്ല സൃഷ്ടി സംഭവിക്കുന്നില്ല എപ്പോഴും മനസ്സിലിരിക്കേണ്ട ഒരു കാര്യമുണ്ട് സൃഷ്ടി കാണുന്നതോ സൃഷ്ടി കാണുന്നില്ലെന്നല്ല പറയുന്നത് അത് നമ്മൾ കാണുന്നുണ്ട് സൃഷ്ടി ശരീരം ഉൾപ്പെടെ സർവ്വതും ഉത്പന്നമായതായി കാണുന്നുണ്ട് അതാണോ സത്യം അതാണ് ഇവിടുത്തെ ചരിച്ച പക്ഷേ എല്ലാം ഇവിടെ കാഴ്ചയെ അത് സംഭവിക്കുന്നുണ്ടത് പക്ഷെ പരമാർത്ഥമല്ല െന്ന് പറണ്ടി വരും പുസ്തകം പുസ്തകത്തിൽ നിന്നുണ്ടായിരുന്നു പറയേണ്ടി വരും അന്ന് പറയാൻ പറ്റില്ല എന്തുകൊണ്ട് അതിന്റെ കാര്യത്തിൽ തന്നെ ഇവിടെ ഒരു നിർണ്ണയത്തിലെത്താൻ പറ്റുന്നില്ല ഇത് വാസ്തവത്തിൽ ഉള്ള വസ്തുവാണോ മുമ്പോ കാണുന്ന ഈ പുസ്തകം പരമാർത്ഥമാണോ ആണെങ്കിൽ അതിൽ നിന്നുണ്ടായെന്ന് പറയാം അതാണ് സ്വയമേവ അപരി നിഷ്പന്നത്വ സ്വയം തന്നെ അതിന് ഒരു നിലനിൽപ്പില്ല ഇല്ലാത്ത അതിൽ നിന്ന് ആ വസ്തു എങ്ങനെ ഉണ്ടാവും അതുകൊണ്ട് സ്വത ഉത്പത്തി ഒരു വസ്തു അതിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നു എന്ന് പറയാൻ ഇവിടെ തീരാ സ്വരൂപ അത് പറയാമല്ലോ യഥാ ഖടാതരം ഇനി പറയണെന്താണ് ഒന്നിൽ നിന്ന് മറ്റൊന്നുണ്ടായി എന്ന് പറയാൻ പറ്റൂ പുസ്തകത്തിൽ നിന്നാണ് പേന ഉണ്ടായതെന്ന് പറയാൻ പറ്റൂ പറ്റത്തില്ല പടത്തിൽ നിന്ന് വസ്ത്രമുണ്ടായെന്ന് പറയാൻ പറ്റൂ അത് സാധ്യമല്ല എന്താണോ പുസ്തകവും പേനയും കൂടെ ചേർന്നിട്ട് അതിൽ നിന്നൊരു പേന ഉണ്ടായി രണ്ട് ഭിന്ന വസ്തുക്കൾ കൂടിച്ചേർന്നതിൽ നിന്ന് ഒന്നുണ്ടായെന്ന് പറയാനും പറ്റത്തില്ല എന്തുകൊണ്ട് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് അത് കൂടി ചേരുക അതിൽ നിന്നൊന്നുണ്ടാവുക അത് സംഭവിക്കത്തില്ല പുടവും വസ്ത്രവും കൂടി ചേർന്ന് അതിൽ നിന്ന് വസ്ത്രം ഉണ്ടായി അങ്ങനെ ഒന്നും നമ്മൾ കാണുന്നുമില്ല അതിനുള്ള യാതൊരു സാധ്യതയുമില്ല വിരുദ്ധമായ കാര്യങ്ങളായിരുന്നു അതുകൊണ്ട് പരതഹ ഉഭയതഹ മൂന്ന് തരത്തിന് സൃഷ്ടി സംഭവിക്കാൻ സാധ്യമല്ല എന്നാണ് ഇവിടെ അദ്വൈതി പറയുന്നത് ചോദിക്കുകയാണ് എന്നാലും മൃദോ ഭടജായ പിതിഷ്ഠ പുത്രുന്നു നിങ്ങൾ എന്താണോ പറയുന്നത് ധൈതി ചോദിക്കുകയാണ് നിങ്ങൾ പറയുന്ന തരത്തിലുണ്ടാകുന്നില്ല പക്ഷേ മണ്ണിൽ നിന്നും കൂടെ പിതാവിൽ നിന്ന് പുത്രനുണ്ടാകുന്നുണ്ടല്ലോ ഇതൊക്കെ ലോകത്ത് കാണുന്നതാണല്ലോ നിങ്ങൾ പറഞ്ഞ തരത്തിലുണ്ടാകുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ അനുഭവത്തിൽ സൃഷ്ടി ഇവിടെ നടക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ഇതിനെങ്ങനെ നിങ്ങൾ നിഷേധിക്കും പറയുന്നു സത്യം ശരിയാണെന്ന് നിങ്ങൾ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങളുടെ അനുഭവം ശരിയാണ് നിങ്ങൾ കാണുന്ന കാഴ്ചയെ നിഷേധിക്കുന്നില്ല അതിന് വേണ്ടിയിട്ടുള്ള പറയുന്നത് നിങ്ങൾ കാണുന്നതിന്റെ തത്വം എന്താണ് അതാണ് കാണുന്ന കാഴ്ച ഏത് പാമ്പരണും കാണുന്ന കാര്യമാണ് അത് സത്യമാണെന്ന് ആരും ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല കാരണം അതെല്ലാം സത്യമായി അജ്ഞന്മാർ ഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് പിതാവിൽ നിന്ന് പുത്രനുണ്ടാകുന്നു മണ്ണിൽ നിന്ന് കുടവുണ്ടാകുന്നു അതിന്റെ തത്വം എന്താണെന്ന് അന്വേഷിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അന്ന് പറയുന്ന സത്യം നിങ്ങൾ പറഞ്ഞത് ശരിയാണ് അസ്ഥിദായുതയിലെ പ്രത്യേക ശബ്ദ ശരിയാണ് ഉണ്ടാകുന്നു എന്നുള്ള അനുഭവം പ്രത്യേകം ശബ്ദം ഉണ്ടാകുന്നു എന്നുള്ള ശബ്ദവും അത് ഉള്ളത് തന്നെയാണ് ആർക്ക് മൂഢാനാ എന്ന് വെച്ചാൽ ചിന്തിക്കാത്തത് കാത്തിവികമായി ചിന്തിക്കാത്ത ഒരു സംബന്ധിച്ചിടത്തോളം ഇവിടെ സൃഷ്ടി നടന്നുകൊണ്ടിരിക്കുന്നു പിതാവിൽ നിന്ന് പുത്തങ്ങൾ ഉണ്ടാകുന്നു മണ്ണിൽ നിന്ന് കുടവുണ്ടാകുന്നു അനുഭവം തന്നെയാണ് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട് അദ്വൈതമെന്ന് പറയുന്നത് ഒരുവന്റെ പ്രത്യക്ഷമായ ആ അനുഭവത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ടല്ല പ്രപഞ്ചമില്ലാന്ന് പറയുന്നത് പ്രപഞ്ച അനുഭവത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ടല്ല പ്രപഞ്ചമിഥിയാണെന്ന് പറയുന്നത് മൂഢന്റെ പ്രപഞ്ച സത്യാനുഭവത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് അതിനുവേണ്ടിട്ടല്ല എന്ന് പറയുന്നു അതാണെന്ന് പറയുമ്പോഴാണ് നമ്മളവിടെ വൈരുദ്ധ്യം കാണുന്നത് ചോദിക്കുക എന്താണോ ഇതെല്ലാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക ഇതെല്ലാം സത്യമായി അനുഭവിച്ചുകൊണ്ടിരിക്കുക ഇത് സത്യമല്ല എന്നാണോ പറയുന്നത് ഇതൊരു വിരോധാഭാസമാണല്ലോ വൈരുദ്ധ്യമാണല്ലോ പറയുന്നെന്ന് പറയും ഇവിടെ പറയുന്ന അതല്ല അതിന് ഞങ്ങളും അംഗീകരിക്കുന്നു എന്താണ് മൂഢന്മാരുടെ അനുഭവത്തെയും ശബ്ദത്തെയും ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നുവെച്ചാൽ മൂട്ടന്മാരുടെ അനുഭവം എന്താണ് മണ്ണിൽ നിന്ന് കുടമുണ്ടാകുന്നു മണ്ണിൽ നിന്ന് വേറിട്ട് കുടം എന്നുള്ള ശബ്ദം പ്രയോഗിക്കേണ്ടതായ ഒരു വസ്തുവുണ്ട് ഇതൊക്കെയാണ് ചോദിക്കും അറിവുള്ളവന് അങ്ങനെ അനുഭവം ഉണ്ടാകത്തില്ല തത്വത്തെ ഗ്രഹിച്ചവൻ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകത്തില്ല മണ്ണിൽ നിന്ന് കുടം ഉണ്ടാകുന്നു എന്നുള്ള അനുഭവം അവൻ കുടം ഉപയോഗിക്കത്തില്ല കുടം ഉപയോഗിച്ച് വെള്ളം കൊണ്ടുവരത്തില്ല അതൊന്നും സംഭവിക്കത്തില്ലേ എന്ന് ചോദിച്ചാലോ വരുന്നു തത്വജ്ഞനും അതറിയുന്നുണ്ട് പക്ഷേ തത്വജ്ഞൻ എങ്ങനെ അറിയുന്നു ആ മണ്ണിൽ നിന്ന് വേറിട്ട് സ്വതന്ത്രമായി നിലനിൽക്കുള്ള ഒരു കുടത്തെയല്ല അവൻ അറിയുന്നത് പിന്നെ കുടമുണ്ടെന്നുള്ളതോ അവൻ അവിടെ അറിയുന്നത് കുടത്തിലൂടെ അവൻ അറിയുന്ന എന്താണോ ആ മണ്ണിന്റെ അസ്തിത്വമാണ് മണ്ണിൽ നിന്ന് വേറിട്ട ഒരു കുടത്തിന്റെ അസ്തിത്വമുണ്ട് അങ്ങനെ ആയിരുന്നെങ്കിൽ അവൻ മണ്ണിൽ നിന്ന് വേറിട്ട ഒരു കുടം കൊണ്ട് ജലം കൊണ്ടുവന്നു അന്ന് നടക്കുന്നു മണ്ണിൽ നിന്ന് വേറിട്ട ഒരു വസ്തുവിന് കൂടം വന്ന് പേരിട്ടാണ് പക്ഷെ അതൊന്നും സംഭവിക്കുന്നില്ല അതുകൊണ്ട് അവിടെ വളരെ സരളവും എന്നാൽ വളരെ സൂക്ഷ്മവുമായൊരു വ്യത്യാസമാണ് എന്താണ് രണ്ടുപേരുടെ അനുഭവം ഒരുപോലെ അജ്ഞന്റെ അനുഭവവും പാമരന്റെ അനുഭവം ഒരുപോലെ എന്താണ് കുടം അതൊരു പദാർത്ഥമാണ് അതൊരു വസ്തുവാണ് അത് ജലാഹരണം പോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് അതെല്ലാം ഉപയോഗിക്കുന്നുണ്ട് ആ അനുഭവത്തിനൊന്നും യാതൊരു വ്യത്യാസം പക്ഷേ അതിന്റെ അസ്തിത്വത്തെ സംബന്ധിച്ച് അസ്തിത്വത്തെ സംബന്ധിച്ച് തത്വജ്ഞന്റെ അനുഭവം എന്താണോ അതിന് മണ്ണിൽ നിന്നും വേറിട്ടൊരു നിലവിൽ നിൽപ്പില്ല അത് മണ്ണ് തന്നെയാണ് ഈ തരത്തിൽ ചിന്തിക്കാത്തവനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ മൂഢാനാം ശബ്ദപ്പെടുത്തിയോ ഈ അജ്ഞന്റെ അനുഭവത്തെ അഞ്ജന്റെ ശബ്ദത്തെയും അങ്ങനെ ശബ്ദവും പ്രത്യവും അനുഭവിക്കുന്ന കുടവന്നുള്ള ആ ശബ്ദത്തെയും ആ അറിവിനേയും ഇതായിട്ടൊരു വസ്തുണ്ടായി വസ്ത്രം ഉണ്ടായി ഇതിനെ വിവേകിവി പരീക്ഷയതേ അവർ ചിന്തിക്കുന്നു വിവേകളെ ചിന്തിക്കുന്നു എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നൂലിൽ നിന്ന് വേറിട്ട് അവിടെ വസ്ത്രം നൂലെന്നൊരു പദാർത്ഥമുണ്ടോ ഇല്ലെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ ഇതുപോലെ കാര്യകാരണരൂപത്തിന് അനുഭവപ്പെടുന്ന പ്രപഞ്ച ആകമാണ് നിരന്തരം പരിണമിച്ച് കാര്യരൂപത്തിൽ പ്രപഞ്ചം ഇങ്ങനെ പ്രത്യക്ഷമാകുന്ന ഈ പ്രപഞ്ചം ഇതേ യുക്തി അനുസരിച്ച് എന്താണോ ഇതിന്റെ കാരണത്തിൽ നിന്ന് അന്യമല്ല അതുകൊണ്ടാണ് പറഞ്ഞെന്താണോ ഏതൊന്നിനെ അറിഞ്ഞാലാണോ എല്ലാം അറിയപ്പെടുന്നതായി തീരുന്നത് എന്നാണ് ഒരു തത്വത്തെ അറിച്ച് കഴിഞ്ഞാൽ ഇതേ ഒരു തത്വമാണോ സർവത്തിലിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും മണ്ണിന്റെയും കുടത്തിന്റെയും അതൊരു നിസ്സാരമായ ഒരു കാര്യമാണ് ൂരിന്റെയും വസ്ത്രത്തിന്റെയും ആ തത്വം ഒരുവന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ തത്വം തന്നെയാണ് ഈ പ്രപഞ്ചത്തിലെ ആകമാനം അനുസരിതമായി നിലനിൽക്കുന്നത് ഈ പ്രകൃതിക്ക് ആ സൃഷ്ടാവിൽ നിന്ന് വേറിട്ടൊരു നിലനിൽപ്പില്ല എന്ന് മനസ്സിലാക്കപ്പെടുന്നു അതാണ് വിവേകി പരീക്ഷയത് സത്യമേവതവും ഉദി എന്താണ് പരീക്ഷിക്കുന്നത് ഈ കാണുന്ന കാഴ്ചയും ഈ പ്രയോഗിക്കുന്ന ശബ്ദവും ഇത് രണ്ട് സത്യമാണോ ഇതാണോ പരമാർത്ഥം ഉദ മൃഷ അതോ മിഥ്യയാണോ ഇത് പരമാർത്ഥമല്ല എന്ന് വന്നാൽ അതിനാണ് ഇവിടെ മൃഷ മിഥ്യ അത്രയുള്ള അതിൻ്റെ താല്പര്യം നമ്മൾ ധരിക്കുന്നതുപോലെ എന്താണോ മിഥ്യ എന്ന് പറഞ്ഞാൽ വസ്ത്രം കൊണ്ട് ആവരണം ചെയ്യാൻ പറ്റത്തില്ല എന്നല്ല എന്റെ അർത്ഥം വസ്ത്രം മിഥിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്ത്രം കൊണ്ട് ആവരണം ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തി നടക്കത്തില്ലെന്നല്ല എന്റെ അർത്ഥം പിന്നെന്താണോ ആ ശബ്ദവും പ്രത്യവും അത് പരമാർത്ഥമല്ല വ്യവഹാരത്തിൽ ഇതിനെ ആശ്രയിച്ച് സർവ്വപ്രവൃത്തികളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും പരമാർത്ഥം അതിനപ്പുറമാണ് യവത പരീക്ഷ്യമാണേ ശബ്ദപ്പെത്യ വിഷയം വസ്തു ഘടപുത്രാതിലക്ഷണം ശബ്ദമാത്രമേവ തത്വം പരീക്ഷിക്കുമ്പോൾ എന്ന് വെച്ചാൽ മനനം ചെയ്യുമ്പോ എന്നു പരീക്ഷ എന്ന് പറയുന്നത് എന്താണ് ബാഹ്യമായി ഉള്ള പരീക്ഷ മനനം ചെയ്യുമ്പോൾ ഏകാഗ്രമായി മനനം ചെയ്യുമ്പോൾ തത്വത്തെ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള മനനം ആ മനനം ചെയ്യുമ്പോൾ എന്ത് മനസ്സിലാവുന്നു ശബ്ദപ്പെത്യ വിഷയം വസ്തു ശബ്ദത്തിന് ആധാരമായിരിക്കുന്ന വസ്തു അനുഭവത്തിന് ആധാരമായിരിക്കുന്ന ആ ബാഹ്യവസ്തു എന്താണ് ഘടപുത്രാധിരീക്ഷണം അതെന്തു ആകാം വിക്ഷമോ ബീജമോ വസ്ത്രമോ പുത്രനോ എന്തോ ആകാം അതെല്ലാം എന്താണോ അത് ശബ്ദം മാത്രമേ വത്താത് കാര്യമെന്ന് ശബ്ദമല്ലാതെ മറ്റൊന്നുമല്ല അതിന്റെ ഉപാദാനത്തിൽ അന്യമായ മറ്റൊന്നല്ല ഉപാദാനത്തിൽ നിന്ന് അന്യമായി കാണുന്നത് അതിന്റെ ഒരു ആകാരം മാത്രമാണ് വസ്തുവിന്റെ ആകാരമാണ് ആ ശബ്ദവും വാചാരംഭണം ഇത് ശ്രുതേഹി അവിടെയാണ് ശ്രുതി പറഞ്ഞത് എന്നാൽ ഇത് വെറും വാക്കിന് ആലംബനമാണ് സച്ച എന്ന ജായത്തെ സത്വാഡാധിപത് അത് സത്താണെങ്കിൽ കാര്യകാരണങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്താണ് കുടത്തെയും മണ്ണിനെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ മണ്ണ് കുടമായി ജനിക്കുന്നതായി കാണുന്നു പക്ഷെ മണ്ണിന് മണ്ണായി ജനിക്കേണ്ട ആവശ്യം വരുന്നത് കാരണം അതത് തന്നെയാണ് സത്തിന് സത്തായി ജനിക്കേണ്ട ആവശ്യം വരുന്നത് നൂലിന് ജനിക്കേണ്ട ആവശ്യമില്ല പക്ഷെ നൂലിൽ നിന്ന് വസ്ത്രമുണ്ടാവില്ല അതുപോലെ പഞ്ഞിക്ക് നൂലായി ജനിക്കേണ്ട ആവശ്യമില്ല പഞ്ഞിക്ക് പഞ്ഞിയായി ജനിക്കേണ്ട ആവശ്യമില്ല കാരണം അത് തന്നെയാണ് ഓരോരു വസ്തുവിന് അതായി ജനിക്കേണ്ട ആവശ്യമില്ല പിന്നെ ജനിക്കുന്നു തോന്നുന്നു അത് മിഷ അതൊരു കൽപ്പന മാത്രമാണ് എന്ന് ഒരു വസ്തുവിനെ കുറിച്ച് ബോധ്യപ്പെട്ടുകഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ കാര്യകാരണമായി അനുഭവപ്പെടുന്ന സർവവും പരമകാരണത്തിൽ നിന്നും അന്യമല്ല എന്ന് ബോധ്യപ്പെടുന്നു അസത് തഥാഭിനായതേ അസത്വദേവ ശശവിഷാണാധിപത് സത്തിന് ജനിക്കേണ്ട കാര്യമില്ല അസത്വനും ജനിക്കേണ്ട കാര്യമില്ല അതുമ്പം പറഞ്ഞിട്ടുള്ളതാണെന്താണ് ശേഷവിഷാണ അതെന്തിനും ജനിക്കണം അതിന് ജനിക്കേണ്ട ആവശ്യമില്ല അങ്ങനെയൊന്നുമില്ലാത്തതാണ് ഉള്ളതിന് ജനിക്കേണ്ട ആവശ്യമില്ല ഇല്ലാത്തതിനും ജനിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഈ ജനിക്കുന്നതൊക്കെയോ അത് ശബ്ദവും കൽപ്പനയും മാത്രം അതിൽ കവിഞ്ഞ് രണ്ടാമതൊന്നില്ല അധ സത് അസത് തഥാപിന്നരായതേ വിരുദ്ധ സ്കേകസ്യാസം പോവാം സത്യജനിക്കുന്നില്ല അസത്യജനിക്കുന്നില്ല സത് അസത് ഉഭയം അതും ജനിക്കുന്നില്ല കാരണം പരസ്പര വിരുദ്ധമായ ഒന്നാണ് അതോ ഇന്ന് ഹിഞ്ചിത് വസ്തുജായതേ ഇതി സിദ്ധം അതുകൊണ്ട് ഇവിടെ ഒരു വസ്തു ആത്മഭിന്നമായി തുരിയെന്നായി ഒരു വസ്തു പരമാർത്ഥത്തിൽ ജനിക്കുന്നില്ല എന്ന് പറയുമ്പോഴെല്ലാം നമ്മൾ മനസ്സിലരുതണം കൽപ്പിതമായി ആരോപിതമായി അസത്യമായി എന്തും ജനിക്കാം അതാണ് നാമരൂപങ്ങൾ എന്ന് പറയുന്നത് ജനിരേവായു ക്രിയാകാരകഫലേകത്വ അഭ്യുപമ്യത ക്ഷണികത്വസ്ഥന ഇവിടെ ഈ പറഞ്ഞുവരുന്നതിന് ക്ഷണികവിജ്ഞാനവാദികളുടെ ദർശനവുമായിട്ട് ബന്ധമൊന്നുമില്ല എന്ന് കാണിക്കാൻ വേണ്ടി ഭാഷകാരൻ ഇവിടെ ക്ഷണികവിജ്ഞാനവാദ അല്ല ഇതെന്ന് ബോധിപ്പിക്കുകയാണ് കാരണം ഇവിടെ ഭക്ഷ്യകാരനെ സംബന്ധിച്ച് ക്ഷണിക വിജ്ഞാനത്തെല്ലാം സമ്മർദ്ദിക്കേണ്ടത് അദ്വേജ്ഞാനത്തെയാണ് അത് രണ്ടും രണ്ട് കാഴ്ചപ്പാട് തന്നെയാണ് അതുകൊണ്ട് പറയുന്നത് യേശാം പുനഃ ജനിരേവ ജനി എന്ന് പറഞ്ഞാൽ ജ്ഞാനക്രിയ ജ്ഞാനം തന്നെ ക്രിയയായിരിക്കുന്നു അത് കാരകമായിരിക്കുന്നു അത് എന്നെ ഫലമായിരിക്കുന്നു എല്ലാം ഞാനും തന്നെ പ്രവർത്തിക്കുന്നവൻ ഞാൻ തന്നെ പ്രവൃത്തിക്ക് ഉപയോഗിക്കുന്ന എന്തൊക്കെയോ അതിനാണ് കാരകങ്ങളെന്ന് പറയുന്നത് അത് ഞാനും തന്നെ ഫലം ആ പ്രവൃത്തിയിൽ നിന്നുണ്ടാകുന്ന ഫലം ജ്ഞാനം തന്നെ പക്ഷെ ആ ജ്ഞാനത്തിന്റെ പ്രത്യേകത എന്താന്ന് അത് ക്ഷണികമാണ് അതാണ് ജനി ജ്ഞാനക്രിയ അതിനാണ് ജനി എന്ന് പറയുന്നത് അതാണ് ൂപത്തിലാണ് ക്ഷണികത്വ അതേസമയം വസ്തുക്കൾ ക്ഷണികവമാണെന്ന് പറയുന്നു അതിനൊന്നിഷേധിക്കുന്നു അതല്ല ഞാനിവിടെ പറഞ്ഞു വരുന്ന തേ ദൂരദേവ ന്യായാ ഭേദാത് യുക്തിക്ക് നിരക്കുന്ന കാര്യമില്ല എന്തുകൊണ്ട് ഇതംഇ അവധാരണ ക്ഷണാനന്തര അവസ്ഥാന അനുഭൂത സ്മൃതി അനുഭവത്തെ വിജ്ഞാനവാദത്തെ പല യുക്തികളും ഉപയോഗിച്ച് നിഷേധിക്കുന്നുണ്ട് അദ്ദേഹം അതിലൊന്നിതാണ് ഈ പറയുന്നതാണ് എന്താണോ ഒരു വസ്തുവിനെ നമ്മൾ മുമ്പിൽ കാണുന്നു ഇത് പുസ്തകം എന്നറിയുന്നു ഒരു വസ്തുവിനെ അറിയുമ്പോൾ ആദ്യം നമ്മൾ അതിനെ എങ്ങനെ അറിയുന്നു ഇത് എന്നറിഞ്ഞിട്ട് അതിനോട് ചേർത്ത് ഇത് പുസ്തകമാണ് ഇത് പേനയാണ് ഇത് മേശിയാണ് ഇങ്ങനെ ഓരോന്നിനെയറിയും വിജ്ഞാനം ക്ഷണികമാണെങ്കിൽ ഇത് എന്നൊരു വിജ്ഞാനം ഉണ്ടായി അടുത്ത ക്ഷണത്തിന് വീണം പുസ്തകം എന്ന് പറയുന്ന വിജ്ഞാനം ഉണ്ടാവാം അപ്പോ ഇത് എന്ന് പറയുന്ന വിജ്ഞാനം നശിച്ചിരിക്കും ഫലത്തിൽ ഇത് പുസ്തകം എന്നുള്ള ഒരു അനുഭവമേ ഉണ്ടാകത്തില്ല കാരണം പ്രതിക്ഷണം വിജ്ഞാനം ഉണ്ടായി അടുത്ത ക്ഷണത്തിൽ അതില്ലാതിരിക്കയാണ് ഒരു ക്ഷണത്തിൽ ഉണ്ടാകുന്ന വിജ്ഞാനം അടുത്ത ക്ഷണത്തിൽ നശിച്ചു ഇപ്പോൾ ഒരു വസ്തുവിനെ കുറിച്ച് എങ്ങനെ അനുഭവം ഉണ്ടാകും എന്നാണ് ചോദിക്കുന്നത് പ്രതിക്ഷണം വിജ്ഞാനം അങ്ങനെ നശിക്കുകയാണ് അങ്ങനെയല്ല നമുക്ക് സാമാന്യ വിശേഷഭാവത്തിലല്ലാതെ ഒരു വസ്തുവിനെ നമുക്കറിയാൻ പറ്റത്തില്ല ഇത് ഇന്നത് എന്നാണ് നമ്മൾ ഓരോന്നിനെ അറിയുന്നത് അതിന് എന്താണ് സൂക്ഷ്മമായ ക്ഷണവ്യത്യാസം വേണം ഈ ക്ഷണത്തിന് നമ്മൾ ഇത് എന്നറിയാൻ തുടങ്ങി അടുത്ത ക്ഷണത്തിൽ അതങ്ങ് നശിച്ചുപോയാൽ പിന്നീട് ഇത് ഇന്നത് എന്നെങ്ങനെ അറിയും അത് കഴിയത്തില്ല ഇതം ഇദ്ധമിത്തി അവധാരണക്ഷണ അന്തര അനവസ്ഥാന ഇത് ഇങ്ങനെ എന്ന് ഏകക്ഷണത്തിൽ ഒന്നിനെ ധരിച്ചാൽ ആ ക്ഷണം തന്നെ അടുത്ത നിമിഷം കാണത്തില്ല ഒരു വസ്തുവിനെ ഒരു വസ്തുവിനെ നമുക്കറിയാൻ പറ്റത്തില്ല അറിയാൻ കഴിയാത്തത് അനനുഭൂത സ്മൃതി അനുഭവത്തെ ഒന്നിനെ അറിഞ്ഞില്ലെങ്കിൽ അനുസ്മരിക്കാനും കഴിയത്തില്ല അപ്പം അനുഭൂസ്മരണയില്ലാതായപ്പോവും ക്ഷണിക വിജ്ഞാനത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ക്ഷണികമായ വിജ്ഞാനങ്ങളുടെ പ്രവാഹമാണ് എന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ കാരണം എന്താണ് ഏറ്റവും സൂക്ഷ്മമായ ഒരു ക്ഷണത്തിന്റെ വിജ്ഞാനത്തിന് ഒരു വസ്തുവിനെ അറിയാൻ നോക്കത്തില്ല അത് വിജ്ഞാനത്തിന്റെ ഒരു പരമ്പരയ്ക്ക് അറിവ് ഉണ്ടാകത്തുള്ളൂ പക്ഷേ ഇത് പരസ്പര ബന്ധമില്ലാതെ ഓരോ ക്ഷണത്തിനും വിജ്ഞാനങ്ങൾ നശിച്ചുപോയാൽ പിന്നെ ഒരു ഒരു വസ്തുവിനുള്ള ജ്ഞാനം ഒരു വസ്തുവിനെ ഏകമായി ഉള്ള അറിവ് അത് അസംഭവമായി പോകും അങ്ങനെ ഒന്നിനറിഞ്ഞിങ്ങനെ സ്മരിക്കാനും ഒക്കത്തില്ല അതുകൊണ്ട് ആ ക്ഷണിക വിജ്ഞാനവാദം ഞങ്ങൾക്ക് സ്വീകരിക്കത്തക്കതല്ല അതല്ല അദ്വൈതി പറയുന്നത് അതല്ല ഇവിടെ സമർത്ഥിക്കുന്നത് അതിലേക്ക് പോകരുത് എന്നാണ് പറയുന്നത് അങ്ങനെ പല ദോഷങ്ങൾ ഈ ക്ഷണിക വിജ്ഞാനവാദത്തിൽ പറയുന്നുണ്ട് ബൗദ്ധന്മാർ അതിനെല്ലാം സമാധാനവും പറയുന്നുണ്ട് അതും അവസാനമില്ലാതെ പോകുന്ന ഒരു തർക്കമാണ് എന്തായാലും അതല്ല ഇവിടെ പറയുന്നത് അദ്വൈത അതല്ല അദ്വൈതത്തിലെന്താണോ അഖണ്ഡ വിജ്ഞാനമാണ് അഖണ്ഡ അതിൽ തന്നെ ജ്ഞാനത്തിനെന്താണ് ക്ഷണികത്വത്തെ സ്വീകരിക്കുന്നത് ജ്ഞാനം എന്താണ് ഇവിടെ ഉണ്ടായി നശിക്കുന്നത് അത് ഞാനും സ്വയം ഉണ്ടായി നശിക്കുന്നതല്ല ജ്ഞാനത്തിനുപാധിയായിരിക്കുന്ന അന്ധകരണം ഉണ്ടായി നശിക്കുന്നതാണ് ആ ഉണ്ടായി നാശം പോലും ക്ഷണികമല്ല നമുക്കറിയാം എന്താണ് ഒരറിവ് നമ്മുടെ ഉള്ളിൽ ഉള്ളിൽ ഉണ്ടാകുന്നു അത് നിലനിൽക്കുന്നു പിന്നീട് അത് നശിക്കുന്നു ക്ഷണിക വിജ്ഞാനമനുസരിച്ച് അത് സാധ്യമല്ല ഉണ്ടാകുക നിലനിൽക്കുക നശിക്കുക അങ്ങനെയല്ല ഉണ്ടാകുന്നു അടുത്ത ക്ഷണത്തിൽ നശിച്ചു പോകുന്നു ഉത്പത്തിയും ഒരു ക്ഷണത്തിൽ തന്നെ അവ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ജ്ഞാനം ഒരു വസ്തുവിനെ സംബന്ധിച്ചുണ്ടാകും സാധ്യമല്ല അനുഭവം ഉണ്ടാകത്തില്ല സ്മൃതി ഉണ്ടാകത്തില്ല അങ്ങനെ പല ദോഷങ്ങളും അതിനകത്തുണ്ട് അതിനവർ അതിനുവേണ്ട സമാധാനങ്ങൾ അവർ പറയുന്നുണ്ടെങ്കിലും അത് അദ്വൈതിക്ക് സ്വീകാര്യമല്ല സമാധാനങ്ങളുണ്ട് അതുകൊണ്ടിവിടെ പറയുന്നു ഞാനിവിടെ പറയുന്നത് ആ ക്ഷണിക വിജ്ഞാനത്തെക്കുറിച്ചല്ല സ്ഥായിയായ വിജ്ഞാനത്തെക്കുറിച്ചാണ് അതിൽ ക്ഷണികത്വം നോക്കാൻ അനുഭവപ്പെടുന്നുണ്ട് നമ്മൾ പറയുന്നു എനിക്ക് ഇന്ന ജ്ഞാനം ഉണ്ടായി ആ ഞാനും നശിച്ചുപോയി അന്ന് ജ്ഞാനത്തിലുള്ള ഉത്പത്തി നാശങ്ങളല്ല മറിച്ച് അന്ധകരണത്തിലുള്ള ഉത്പത്തി നാശങ്ങളെ ജ്ഞാനത്തിൽ ആരോപിച്ചിട്ട് പറയാണ് സർവവും ജ്ഞാനത്തിൽ ആരോപിക്കും അതുപോലെ ഉത്പത്തിനാശങ്ങളെ അതിൽ ആരോപിച്ചു ആരോപിച്ചിട്ട് അതിന് ഉത്പത്തിനാശങ്ങളുണ്ടെന്ന് പറയുകയാണ് ഏതുപോലെ ഈ ശരീരത്തിൽ അഹംബോധമുള്ളതുപോലെ ശരീരത്തിൽ വാസ്തവത്തിൽ അഹംബോധമില്ല പക്ഷെ ബോധത്തെ ശരീരത്തിലേക്ക് ആരോപിച്ചിട്ട് അവിടെ ഞാനെന്ന് കരുതുന്നത് പോലെ അത് മറ്റൊരു വിഷയമാണ് അങ്ങനെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ പറഞ്ഞു വരുന്ന എന്താണ് സൃഷ്ടിസ്ഥിതി ലയങ്ങൾ ചിലവർക്കും അനുഭവത്തെ അത് ഇതിൽ നിഷേധിക്കുന്നില്ല മറിച്ച് അനുഭവം പരമാർത്ഥമല്ല ആ കാര്യമാണ് പറയുന്നത് പരമാർത്ഥത്തിൽ സൃഷ്ടിസ്ഥിതി ലയങ്ങൾ സംഭവിക്കുന്നില്ല പരമാർത്ഥത്തിൽ ഏകനായ തുര്യൻ മാത്രമാണ് ആ തുര്യനൻ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സൃഷ്ടി സ്ഥിതി ലയങ്ങളെല്ലാം കല്പിതമാണ് കല്പിതമായിരിക്കുന്ന ഇതൊന്നും ആ തുര്യനൊന്നും അന്യവുമല്ല അനന്യമാണ് അനന്യമായി ഇതെല്ലാം നിരന്തരം അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ആ കാര്യമാണ് ഇവിടെ സമർപ്പിച്ചിരിക്കുന്നത് പരതോിന് വസ്തു സദ് അസദ് സീചിന് വസ്തു ജാതെ